ഏത് മനസിലൊത്താൽ അതിന് അപ്പുറമുള്ളത് ഈ മുമ്പുള്ള ആഗമം വെറുതും പോലീതും ആണ് വൈദാസാരസുരോ അപ്പൊ ഈ ദൂതന്മാർ എന്തു ചെയ്തോ ഏത് ചെയ്യിപ്പിക്കുന്നു അവരുവാപുഹും അല്ലെങ്കിൽ അവർക്ക് നായ് ബായി വന്ന ജനങ്ങൾ വിന്യാസി ജനങ്ങളെയും കൂട്ടിയിട്ട് ഇങ്ങനെ പോകുന്നു ഗുരിതന്മാർ കൂട്ടിട്ട് അവർ ഇറങ്ങിക്കളഞ്ഞോക്കി ബാലിറ്റിൽ മനാജലി ആ വഴിയിലുള്ള ചില മത്സരകളിൽ ഇറങ്ങിക്കഴിയുമ്പോ അറാദും ചിലർ എന്ത് വിചാരിച്ചെന്നറിയോ ഐം അവൻ കൂടാപ്ര യാത്രയില്ലാന്ന് വിചാരിക്കുമ്പോ എന്താകും ആ റസൂല് പറയുന്നത് അൽ മക്കുലഹു അമാമക്കൾക്ക് എത്താൻ ഉള്ളത് ഇനി മുമ്പിലുണ്ട് ഏടിയെത്തിയിട്ടില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഒരു മറഹലിന് വേറെ മറഹരിയിലേക്ക് യാത്ര ചെയ്ത് ചെയ്ത് ചെയ്ത് ഇങ്ങനെ പോകാൻ ഒരു സ്റ്റേഷനിൽ എത്തില്ല തീരില്ലെന്ന പിന്നെയും പറയുന്നു അങ്ങനെ ഇവരെയും കൂട്ടിയിൽ എന്താക്കും രാജാവിന്റെ മേൽ നേരെ ചെന്നെത്തുന്നത് വരെ അതാണല്ലോ നിങ്ങൾ റബീദ കുടിച്ചു അങ്ങനെ രാജാവിനെ അവർ കണ്ടു കഴിഞ്ഞാൽ കണ്ട് അപ്പൊ ഇവർക്ക് ഭാഗപ്പെടുന്നില്ല റവിയുലാഹുഅന്നും മറന്നു അന്വയിം അത് തന്നെയാണ് അവരുടെ മക്കാവും ഇന്തഹ ഉദാഹരണം തീർന്നു ി പറഞ്ഞത് അത് മുമ്പ് ഹെക്കമിലും പറഞ്ഞിട്ടത് ഇതേ അർത്ഥന പറ്റി بل آكل من كان بما هو ابقى افرح منه بما هو يفنى قد اشرق نوره ومهرت طبعه فصدق عن هذه الدار مغليا وارضى عنها مبلليا فلم يتخذها وطنا ولا جعلها مسكنا بل انهم الهمه اننا الى الله وساروا به سار الذين الذي هذا سار الذين ود مستعينا في القدوم عليه فما زالت مطيه عزمه لا يقر قرارها دائما تسيارها اا بتسيار ندا با ندا با ندا مثل لا الا ان ما خطب حضره القدس ومساات النس في محل المفاتحه بالمبادره والمجالسه بالمحادثه بالمساعده والمطالعه فصارت الحضره مؤسسه قلوبهم اليها يئود فيها يسكنون ذيك من الاخر برضو ാസ്റ്റ് ഏകോപിയിട്ടുണ്ട് പണ്ട് ഇപ്പിനെ കൊണ്ട് നോക്കിയേ അവിടെ നിന്നും നല്ല ഇൻസാലാക്കി എന്ന് പറഞ്ഞിട്ട് അതെന്നെ പറയുന്നു പൽ ആക്കിലോ അതുകൊണ്ട് ആക്കിലായ മനുഷ്യൻ ആരാണെന്നറിയോ വൻ വെറുത്തനാകുന്നു കാന അവനായി ഏറ്റവും ബാക്കി നിൽക്കുന്നത് ഏതാണോ അതുകൊണ്ട് അവനായി അവൻ ഏറ്റവും സന്തോഷിക്കുന്നവനായി എന്തിനേക്കാൾ ബിൻഡോ ഇവൻ അപറഹാകുന്നതിനേക്കാൾ ബി മാഹുവ നശിച്ചു പോകുന്ന വസ്തുക്കളെ കൊണ്ട് സന്തോഷവാനാകുന്നതിനേക്കാൾ ബാക്കിയാകുന്ന സാധനം കൊണ്ട് അവൻ അപ്പുറ അവനാണ് ബുദ്ധിമാൻ അത് അശ്വനൂറുഹോ അവന്റെ നൂറ് അവന്റെ പ്രകാശം കത്തിജ്വരിച്ചു വലഹറ തപാശീറുഹോ അവന്റെ മുഖത്ത് പ്രകാശിക്കുന്ന തപാശീർ എന്നറിയും ഒരു പ്രസന്നത അത് മാഹിറായിട്ടുണ്ട് കൽബിന്റെ ഉള്ളിലെന്തായി നൂറ് പ്രകാശിക്കുമ്പോൾ മുഖത്ത് തപാശീലിങ്ങനെ വെളിപ്പെടും ഉള്ളിലെന്താണോ അത് പുറത്തു കാണും മുഖ്യ കണ്ണാടിയല്ലേ അങ്ങനെ പിന്തിരിഞ്ഞവനായിട്ട് അതേ അർത്ഥം തന്നെ അങ്ങനെ ഈ ധാരനവൻ ആക്കിയില്ല മത്തരൻ കാലകാലം താമസിക്കുന്ന വീടാക്കിയില്ല വല ജാല മസ്കരൻ മസ്കനുമാക്കിയിട്ടില്ല വൽ പിന്നെ അവരെന്ത് ചെയ്തു അന്തലൽ ഹിമ്മത വൽ ഹിമ്മതി ജവൽലാഹി സ്റ്റാർട്ട് ചെയ്തുടക്കി അൻഹ യദയ തൊട്ട് ഹാദിഹി ദാമ തൊട്ട് എവിടേക്ക വിട്ടു ഇല്ലാഹിലേക്ക് വസാർ അൻ നസയ്ദു ജയ്ദൂ ബിഹി ബിഹി മുസ്തഈനൻ ഫിൽ ഖുദൂമി അലൈഹി അല്ലാഹുനെ കൊണ്ട് മാത്രം ഇസ്തിആന ചെയ്യുന്നവനായി കൊണ്ട് ആന്ദിൽ ഫിൽ ഖുദൂമി അലൈ അല്ലാഹിലേക്ക് ജന്നത അപ്പോൾ കൊടികിര വാഹനണ്ട് എന്താ വാഹനം അസ്മാഗ്ന വാഹനം ഫമാസാലത്തു മഖിയതു അസ്മിഹി അവൻ അസ്മാഗ്ന വാഹനം ആയിക്കൊണ്ടേയിരുന്നില്ല ആയിക്കത്തുക്കറ ഓട്ടം നിലക്കാത്തതായി ഒരിക്കെവിടെയും സ്റ്റോപ്പിൽ ഒരേ പോകാൻ അടിച്ചു മുടിയാന്ന് അതിന്റെ സ്പീഡ് എപ്പോഴും തായ്മെവിടെ നിന്നു പോകുന്നില്ല എവിടെ പോയി ഹദറത്തിൽ പുറത്തിൽ പോയിട്ടാണ് ഹാൾട്ട് ചെയ്തത് എന്ന് പറഞ്ഞത് ആ ബിസാത്തുല്ലൂൻ സാദില്ലേ അടുത്തു കഴിഞ്ഞാൽ മുൻസാന്നെ സെയ്റ് തീർന്നു വിഷാത്തല്ലുസാന്ന് അവിടുന്ന് കിട്ടലെന്തെല്ലാം മഹലിൽ മുഫാർത്തഹത്ത് മുവാജഹത്ത് മുജാലസത്ത് മുഹാദത്ത് മുഷാദത്ത് മുത്താലി വിയക്കാൻ പറഞ്ഞിട്ട് ഭയാനോ ഹാദിഹിൽ കെളിമാറ്റി ഈ കാത് രണ്ട് നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ വ്യാഖ്യാനം വിശാലമായി പറഞ്ഞിട്ടുണ്ട് എന്നും എല്ലാം ചർച്ച ചെയ്തിരുന്നു ഇവിടെ കിട്ടുന്ന മുഫാത്തഹത്ത് മുവാജഹത്ത് മുജാലസത്ത് മുഹാദത്ത് മുഷാഹത്ത് അപ്പൊ ഫസാലത്തിൽ ഹനുറത്തു ആ പറയപ്പെട്ട ഹലറത്താണ് മഹ്ശുലോബിഹിം അവരെ കൽബിന്റെ പക്ഷി കൂടുന്ന ഒരു പക്ഷി ഇങ്ങനെ പറഞ്ഞിട്ട് രാത്രി അന്ത്യറങ്ങാൻ പോകുന്ന കൂടതാ ആ കൂടതാ അവർ മഹശകുലോ പക്ഷികൾ അണയുന്ന കൂടിനെന്താ പറയുക മഹശ്ശെന്ന് പറയേ അപ്പൊ പകലടലോ ചുറ്റി നടന്നിട്ടിങ്ങി രാത്രി പോയിട്ട് അവിടെയാണല്ലോ ചേക്കറിൽ അവരുടെ കൽബിന്റെ മഹാശ് ഹവറത്താന്ന് അവിടത്തേക്കാണ് അവർ ചെന്നുചേരുന്നത് ബഫീഹു അവിടെയാണ് താമസിക്കുന്നത് എന്ന് പറഞ്ഞത് هذا هو الفضل الذي يجب أن تقول لهم وقالو لهم مسنفن قول وفتاقرو فيه إلى دليل هذا هو دليل لهم ورد لهم يجب أن تشفف إلى الحضرت الله من حضرتن لأل شوق وشعر لابد لهم من دليل ورد لهم يجب أن تحسن لهم يدلهم عليهم وردهم من حضرتن من حضرتن من حضرتن ويسنك به طريقا طريق البروشي كان مران وردهم എവിടെ തിൽ കാണിച്ചു കൊടുക്കണ്ടേനും പ്രത്യേകിച്ചും ആര്ക്ക് കശ്മു ഹക്കീഖനാഗ്രഹിക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും അല്ല കുറഞ്ഞെല്ലാം മതി കുറച്ചെല്ലാം മതി എങ്ങ എല്ലാ ഷർത്തോക്കാക്കാണ് മഹത്തിഖായ ശേഖ എന്ന് പറയുന്നു അത് എന്തുകൊണ്ട് അന്ന തരീഖും നമ്മുടെ ഈ തരീക്ക വളരെ ആഴംമേറിയതും കുടിച്ചു കുടിച്ചതുമാണ് വൈദ്യുതി പോകും వాదినా దవాలి యకహానల్ మహజ్జతి ఇనేదా మార్గతిని చెరియ తిట్టువతియలే యుఅదీలా మబాది ఫి గాయతల్ బుయది గాయతల్ అబిద్ నల్ల గాయతల్ బుయది నండి బుయది నండి అలమచి దరు యుఅదీ అది చేర్తుణీ ఇబడు ఇత్ర విట్టా పరి ఇన్న పోం బత్రయో దూరం పోనుంటావు ఈ వండి రైల్ క్రాసింగ్ నాదిలే ഇവിടുന്ന് ചേർത്ത് വെച്ച ഇവിടുന്ന് ഇവിടെ കൂട്ടിക്കെട്ടിയേശ് തെറ്റിങ്ങൾ അപ്പുറത്തെ പോളത്തിലേക്ക് പോയത് അത്രയും വ്യത്യാസം കൊണ്ടുള്ളൂ മക്സൂദിൽ നിന്ന് വളരെ കാലത്തു അവന് അടിച്ചളഞ്ഞിട്ടുണ്ടാകുന്നു ബാല് അബു അൽ ഹസന ഇന്ന് വലാബുദ്ധ കൂടാണ്ട് കഴിയൂല അയ്യത നിശ്ചയിക്കണം എന്നാ പറയുന്നു ലിമൻ ഒരാൾക്ക് ഇങ്ങനെ യഗു മുറുഹുഹുന് വേണ്ടതെല്ലാം കൽപ്പിക്കാനും വിരോധിക്കേണ്ട സ്ഥലത്ത് വിരോധിക്കാനും ഉള്ളൊരാഖിമുമാണ് അവനെത്തോടു കൂടി അവനെ നയിക്കാനും എന്തുകൊണ്ട് അതിൽ അതിനെ ബോധവന്മാരായി ജീവിക്കുന്ന ആളുകൾ വളരെ കുറവാണ് ആ അതോടൊപ്പം തന്നെ വഴി മുറിച്ചുകളിൽ നിന്ന് കുത്താൽ തരിയക്കുണ്ടല്ലോ അത് ധാരാളം ഉണ്ടോ കവർച്ചക്കാതിൽ ധാരാളം ഉണ്ട് തന്നോ ു സാലിക്കു സാലിക്കു വിചാരിക്കും ചിലപ്പോൾ അവൻ ശരിയായ വഴി തന്നെയാണ് ഉള്ളത് എന്ന് തോന്നും എത്തരത്തിൽ വഹുവാൻ കഥ വല്ലാഹു അവന്റെ മുതുക് തിരിച്ചു വെച്ചിട്ടുണ്ട് ലിമൗനി അവന്റെ തവജു ആ സ്ഥാനത്തേക്ക് ഇങ്ങനെ പോയിട്ട് ഇങ്ങോട്ടാ പോണ്ടത് ഇവർ ഉണ്ടാക്കിയിട്ടുണ്ടാവും മുതു ഇങ്ങനെ വെച്ചിട്ടുണ്ടാകും ചിലപ്പോ അപ്പൊ ഹോട്ടോട്ടാണ് ഇങ്ങനെ തിരിച്ചറിയുന്നുണ്ടാവും എന്നുള്ള ഹു കാരണം ഇതാ ഹാറോജ മിന്നു അന്മിലെത്താൻ ഒരിത്ര അന്മിലത്തെ ഇഞ്ചി ഒരിഞ്ചി തെറ്റി പോയാ ഫാജ വഴിന്ന് വെടിയോ എത്തി വങ്കത്തെ ആ എല്ലാം മുറിഞ്ഞു അവന്റെ സൈറന്താകും നീങ്ങിപ്പോകും അല്ലെത്തി ആ തെറ്റിയ ആ ശീരത്തിൽ കൂടി അങ്ങനെ പോകും പോയിട്ട് ഫൈൻ തതി കുന്ത ഇത് വളരെ നിഗൂഢമായ വഴിയാണ് വനഫ്സും ഫിൽബദൻ കണ്ണമാണ് ഇവിടെയുള്ളത് വഹിയോത്വോ ഈ പദന്നെ തൊട്ടുണ്ടാകണം റാഹിലത്തായും പോണം അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുകയും പോണം അപ്പഴൊ നടക്കുകയും പോണം വഹാദത്വീഫിഹീന്നല്ലേ വണ്ടി വഹാദത്തിൻ്റെ അങ്ങനെ ആക്കൂ അപ്പൊ ആഗത്തന്മാരും ഇപ്പൊ തൊണ്ണും ഇവിടെ അണിങ്ങിച്ച് അന്ന് കുറെ ആഗത്തുകളോട് മാമൂലി ഇവിടെ വന്നു പോയിട്ടുണ്ട് ഈ തരീക്കുള്ള ശൈതാനും മകാമാ കൊണ്ടും ഇതുകൊണ്ടുള്ള ഫീഹി സുലൂഖില്ലാതെ കുറും പഠിച്ചു വെച്ചിട്ട് ആ കാള കിട്ടുന്നുണ്ടാവും قال ابو عمرو الزجاج رضي الله عنه ان لو ان رجلا كشف له عن الغيب ورتل الله كي غيب الا مكاشفتي ولا يكون له استاذ فاشو استاذ ابدا الا اندايويا لا يجي من شيءن ركنن بتيت لا غيب تركل لا لوداويش متور وكلي كلي سيرى وقال ابراهيم بن شيماء رضي الله عنه لو ان رجلا جمع اللوم كلها എല്ലാ കൂട്ടിബ തന്നെ മുഴുവനത്തിന് സ്വൽപ്പും കിട്ടിയിട്ടുണ്ട് എന്നാലുള്ള സ്ഥാനത്ത് എത്തൂലിൻ ഷേഖിന്റെ വക്കൽ നിര്യാള കൂടാണ്ട് അല്ലെങ്കിൽ ഇമാമ് അല്ലെങ്കിൽ എന്തോ പേര് പറഞ്ഞു കൂടെ നിര്യാള ഇല്ലാതെയാണ് നടക്കുകയും ചെയ്യുന്ന പ്രാക്ടിക്കലും കൂടാണ്ട് കഴിയൂലെന്ന ാണ് പറ്റൂപ്പാ പറ്റം ചെയ്തുകൊണ്ടെന്താവാചങ്ങനെ ഓടിക്കൊടക്കാന്നല്ലാണ്ട് എന്നെ കൊണ്ടന്ന് ശൈരി ഇല്ലാതെ കണ്ട് അങ്ങനാണ് ആടമാർക്കു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ പിന്നെന്തിനാ എന്റെ വപ്പത്തായ സപ്പുർവീനി അത് നടക്കൂല അങ്ങനത്തെ പരിപാടിയില്ല എന്നാണ് അല്ല സെയ്റില്ലാന്നല്ല സെയ്റില്ലാന്ന് തനിച്ച ചെതുബിൽ തന്നെ ജനിക്കുന്ന ആളുണ്ട് തുടങ്ങുമ്പം തന്നെ അജുതുമായി ജനിക്കുന്ന ആളുണ്ടാവും അവർക്ക് സെയ്റൂലം അത ബഹു ആമിരില്ലഹു അവരോട് കൽപ്പിക്കുന്ന ഒരാമിർ ഒരു നേതാവിനെ തൊട്ട് അവൻ അതപ് പിടിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെ താമീർ യുരിഹി ഒഴിയൂബ് അമാലിന്റെ അയമാല അയബുകളെല്ലാം വെളിവാക്കി കൊടുക്കുന്ന അവനോട് ജാസ്മലാത്തി സഹിയാക്കാൻ വേണ്ടിട്ട് ഓണത്തൊറന്ന സഹിആുലെന്ന് പറഞ്ഞു അഷി ഹബൂ മദിയും പറയുന്നു അല്ലെ ملم يخذ أدبه ادب هو من المتعدمين ادب سدിച്ചാൽ അവക്കല്ല നിന്ന് ادب സിന്ദിച്ചില്ലെങ്കിൽ പിടിച്ചില്ലെങ്കിൽ അർസദ മഞ്ഞിത്ത മ അവനെ താവീങ്ങളെല്ലാം ഫസലാക്കിരിക്കുന്നു وقال الشيخ ابو اللباس المرسي رضي الله عنه كله ملائكن لو في هذا طريق شيخ لا يفر به ولو كان وافر الاقلين كله ملائكن له في هذا طريق شيخ ഈ തരീക്കിൻ ഒരു ശൈഖില്ല അതേ ഒരുതനു લાયફરાહ બી હવલ કન્ડે સંતોષ ન થતું લા વલો કના વાફિલ લકલ્ બુદ્યતરા પૂર્ણമായി મંગા દન નફસ નફસ જરીક હોય પડનુંണ്ട് અનાલ ઓ સંગતિ જરીયાવું લા ઇન્દ તો વક્તા સરાલા માયુલકીને હી શેયખુ તાલિમી ફકત તાલિમ ઇદ શેયખ માતં પરણ કોડુકના મે માત્ર પુડ்சને મળંગ કુતીરુ અનાલ લા યકમુલ કમાલ મન્ત કયદ બ શેયખુ મુરબ્બી મુરબ્બી યૌર શેયખ ઓન્ડ મુતકયદા રતં કમાલ તમલ આવે સીયુલાના അതുകൊണ്ട് ലഅന്നുന്നഫ്സു അബദൻ തസീഫത്തുൽ ഹിജാബി അലീമത്തുൽ ഇശറാഖ് നഫ്സിൻ അല്ലദീ ഏദവസറത്തിൽ ഹിജാബ് തസീഫ ആ തീർനാലും തീർനാലും തീർനാലും പിന്നെ ബാക്കിയുണ്ട് ഇശറാഖ അലീമത്താണ് അതുകൊണ്ട് ഫലാ അബത മിൻ ബഖായി മിന റുഊനാതി ഫീഹാ നഫ്സിൻ ഒരുപാട് റുഊനാതി നീം ബാക്കിയുണ്ട അവര് കൂടാൻ കേയൂല വലാ യസൂലു അൻ ഹാദാലിക ബിൽ കുല്ലിയത്തി അത മുഴുവൻ നീങ്ങണമെങ്കിൽ ഇല്ലാ ബിൽ ഇന്ദിയാദിൽ ഹൈറു ഹൈറണ്ടകണം ശരിക്ക് ബ്രാറ്റ് ഇതാക്കിയാലും സാധിക്കൂല അവിടത്തേക്ക് എത്തിച്ചേരുവെന്ന് ശൈലത്തിൽ നിന്നും വേണ്ട സ്ഥലാതെ അതാണ് ജില്ല ശേഖരും പിന്നിലേക്ക് വന്നു ചേരുവെന്നാണ് അർത്ഥം കൊടുത്തേക്കത കിട്ടി മക്കാമാടന്ന ഇങ്ങനെ പലയിടത്തലും ഇതാക്കലും കുളിക്കലും നനക്കലും വ്യക്തം ഇത്തിയതാ മാത്രല്ല മക്കാൻ മുട്ട എടുക്കാനെന്ത് അസുലൂര്യായിട്ടുള്ളു നിത്യമാല പറഞ്ഞ സുലൂഖുണ്ടാകുന്നു അപ്പൊ നിങ്ങൾ സുലൂക്ക് തന്നെ നടത്താം ഇത്തിവ അതിന്റെ അതാപിങ്ങിങ്ങനെ നടക്കുന്ന അവസരത്തിന്റെ ഒരു സുലൂക്ക് ഉണ്ട് ചെറുക്കില്ലല്ലോ ആ സുലൂക്ക് അതിന്റെ മാർഗത്തിലൂടെ വന്നെങ്കിലേ ഉള്ളൂ അല്ലെങ്കിൽ വരുമില്ല നിങ്ങൾ സ്വന്തം പകര വേറൽ നടത്തിയിട്ടുണ്ടായി ഗവൺമെന്റ് കയറി വരില്ല അത് ബാറ്റ് വെച്ചിട്ടുണ്ടാക്കേണ്ടി വരും ഈ നിയമപ്രകാരം വരയ്ക്കുമ്പോൾ അത് ഗവൺമെന്റ് കയറി തരത്ത് സ്വന്തം അതെ അപ്പൊ ഷെറിയെ ഇത്തിയ ചെയ്തയാളായി അതുകൊണ്ട് മക്കാൻ താമസത്തീകലേക്ക് എത്തിയിട്ടില്ലല്ലോ അതിലൊരാള് ചെയ്താക്കാൻ തന്നെ വേണം ഷരാഫിന്റെ മറക്കത്തുകൊണ്ട് ഇവനെ കൈ പിടിക്കാനുള്ള സേഫിലേക്ക് എത്തിച്ചേരുക എല്ലാം മാസീലേക്ക് എത്തി ഇനി ഷേഫ് മതന അങ്ങോട്ട് കേറണനിന്ന് സരാ ചിലപ്പം കണ്ടുകൂട്ടിയും ചെയ്യും വ്യക്തമാത്രമല്ല ചെലപ്പോ ഏറ്റെടുത്തൊന്നും വരും ഇന്നാളെ നമുക്ക് എടുത്തുകൂടെ എന്നെല്ലാം ചോദിച്ചിട്ട് മെമ്പർഷിപ്പ് എടുത്തിട്ടില്ലല്ലോ അപ്പൊ ജനറൽ ബോഡി ബലാത്താളിയോ മെമ്പറാക്കലില്ല ഇന്നാളെ നമുക്ക് പ്രസിഡന്റ് ആക്കാപ്പം വന്നിച്ച് ഹുക്കുമിന്റെയും കെഹറിന്റെയും കീഴിൽ കൂടാതെ കഴിയൂല നന്ദിറ്റോടെ ഡഫ്സിന്റെ എല്ലാത്തെ കൊണ്ട് പോകാനുള്ള ഓർമ്മി തല ഊരിക്ക് കുഞ്ഞിട്ട് പാഠം പഠിക്കട്ടെ അത് എടുക്കണം എടുക്കണം നൽകിട്ടുണ്ട് അങ്ങനെ അതീത് അത് അതീയത്തുണ്ട് എന്ന് പറയുന്ന ആള് അതീത്തോണ്ട് തന്നെ സ്ഥലത്തടക്കം ഞാൻ കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടില്ല ശരാത്തി കേൾപ്പിച്ചിട്ടുണ്ട് അങ്ങനെ അതീത്തുണ്ട് എന്ന് വാദിയാണ് തെളിവൊണ്ടരുന്നത് കേൾക്കുന്ന ആള് ഓഡിയൻസ് തെളിവൊണ്ട് തന്നെ കുഴക്കില്ല ബാധിക്കുന്ന തെളിവൊണ്ടരില്ല അതൊരു ബൈത്തല്ലേ അബ്ദുറഹ്മാൻ ചിന്തിക്കാ പറഞ്ഞത് തോനി അനി ഷെയ്ഖിൽ മുറബി ബാസബും അഹമ്മത്ത് റസോലും അല്ലാസും ഹരിസബ് വന്നായിരുന്നു ഹസ്ബ മാതക്കർ ഷെയ് അബു അബ്ദുല്ലാബിൻ്റ ായിട്ടോ വഹദുൽ ഹു സുബാൻ പിടിച്ചെടുത്തു പിരിച്ചു എങ്ങനെ சேஜுனஸுலூக்கிலாத கண்டு எனால லா யஹ்ருலி மஷீஹத்தி மஷீஹத்தின வாயல பட்டுலால் தனிச்ச மஹூபு முதலக பைyin வலவோ பலகன பிரந்தர லயபாரது ஆமா வலதா ஆ அதனடு புட்டு이니 வலவோ பலக மா பலகத் யத் லஹேது பதவில எத்தியால செரி எத்தியத்தால எத்தி எனால ஜெந்தகே மஜூபு ஃததவு வன் சுயன் காம்ரே ஆவுல் அமிலன் அல்லல்ல தாஹிரத ஹுரைதிலா وقال في لطائف المنن لنده ملم يكن له استاذن يصلحه بسلسله الاتباع ويخفي له ان قل به القناع فظ في هذا الشهر لقيت الله عمله وتني ورشه استاذ இல்லレント استاذ ইصلহু অবনে চেরকনা বিজনেসলে ইতিবাড় ওরাল বাররাল পিন বেচি আয়ালা বাররাল পিন বেচি ইগনা বিনবেটি বিনবেটি ইতিবাড়ണ്ടল ই ই চঙ্গলা ইতিবাড়ന്റെ জঙ্গল ই চঙ্গലন অটো চেরকুদিল্লা അവന്റെ മുഖത്തിന് അവന്റെ കൽവിനൊത്തൊട്ട് അതിന്റെ മുഖം മൂടി തുറക്കുകയും ചെയ്യുന്ന അങ്ങനത്തെ ഒരു ഇതല്ല എന്ന് പറയാൽ ആ ദശ ലത്ത് നമ്മളെ ഈ വിഷയത്തിന്റെ ആൾ ഉപ്പയിൽ അത് കുട്ടിയാന്ന് അറിയില്ല മോനാണ് ബാധിക്കാന്നേ ഉള്ളൂ ഭഞ്ഞക്കുല്ലഹോ നൂറുൻ ഇന്ത്യ മോൻ നൂറ് ഉണ്ട് തന്നെ വെച്ച് പലിപ്പ് കലപത്തുൽ ഹാലിയായി എന്നാ ഹാലിന്റെ കലപ്പത്തായിരിക്കുക അല്പം ഉണ്ടാവൂല ഹാലിന്റെ കലപത്ത് വന്നാൽ ഹാലിന്റെ അടിമയായി അവ പൂർണ്ണമായ ഹർവാകണം ഹാലിന്റെ അടിമയാകാനും പാടില്ലല്ല ഹാലിന്റെ അടിമയായാൽ പിന്നിന്നത് പറയാനത് കേൾക്കാനുണ്ടാകും ഹാല് കാലിപ്പോയി പറഞ്ഞേ നീ എന്റെ അടിമയോ ഞാൻ നിന്റെ ഉറപ്പും അല്ലേ പറഞ്ഞ ഹാല് ും അല്ലെങ്കിൽ ഹാലിന്റെ അടിമയെ പറ്റില്ലല്ലോ അപ്പോൾ ഹാലിന്റെ അടിമയായാലോ വൽബലി ഹാലിന്റെ അടിമയായാൽ അവനിലേക്ക് എന്താണോ ഭാര്യ എന്നത് അവിടെ നിക്കാന്നല്ലാണ്ട് അതിനപ്പുറം നീല്ലാറു സിയാസത്ത് തഹദീബി തീബ് ഒരു ഷെയ്ഹിന്റെ നേന്മേൽനോട്ടം തഹദീബ് എന്നതിന്റെ സിയാസത്ത് അവന് ഇതാക്കിട്ടില്ല റിയാദയാക്കിയിട്ടില്ല ാണ് അവനെ ഒരു മജുദൂബ് ആ മജുരൂപം എന്താക്കി എന്തോ ആലമുൽ ഹക്കലിന് ആലമുൽ തിരിച്ചു വന്നു എന്നുവച്ചാൽ ആ ജമ്മിലുണ്ടായിരുന്നു പുറത്തിലേക്ക് തിരിച്ചു വന്നു അല്ലെ മുത്തതാറക്ക് സുലൂക്കിലേക്ക് തിരിച്ചു വന്നു സുലൂക്കിലേക്ക് തിരിച്ചു വന്നാൽ തിരിച്ചു വരവിലെന്താണോ രണ്ടാമത് ഒരു റീസുലൂക്കുണ്ടല്ലോ അങ്ങേക്കും മടങ്ങുന്നേ അതിന് കൂടാണ്ട് ഇല്ലെന്നോർന്നു പറഞ്ഞു തന്നെ അത് മതിയല്ലോ മക്കത്തെ അറബി താമസിക്കുന്ന അറബി നൂറ് ആജിയിൽ നിന്നും അയാളെന്താക്കി പെട്ടെന്ന് കേരളത്തിലേക്ക് വന്നു അയാൾ മൊത്തത്തിൽ നിന്ന് വന്നാളല്ലേ അയാളൊക്കെ അജിന് ഞമ്മ പാർക്കേറ്റ് പോയൊക്കെ എന്ന് വെച്ചാൽ അയാൾക്ക് വെയിന്നൊന്നില്ലല്ലോ ബോംബെയിൽ വെച്ച് കൊടുങ്ങും അവിടെ എന്താക്കണോ വീട് പോയി ശീലിച്ചിട്ട് മടങ്ങി വന്ന ആളെന്താക്കണോ ഈ അറബിനെ പഠിപ്പിച്ച് കൊണ്ടുപോണോ ഇതാ ഇത് കോഴിക്കോട്ട് എയർപോർട്ടാന്ന് വീടിന് ഇങ്ങനെ കയറണേ ഇവിടുന്ന് ബോംബെയിൽ കയറണേ നേരെ മൊത്തത്തേക്ക് എത്തിക്കും അതെന്നെ പറയും അൽ മജുബൽ മുത്തതാറക്കൂർ റാജ്യമിൻ ആലമില്ല മക്കത്തിനത്തേക്ക് വന്ന് കേരളത്തിലേക്ക് വന്നൊരു അറബിൻ എന്നെ വിചാരിച്ചോ ലോ അയാൾ അമിതാകാൻ പറ്റൂലിന്റെ അയാൾക്കൽ മക്കാത്ത് കേരളത്തിൽ മക്കത്തേക്ക് താനുള്ള മക്കാമാക്കായിക്കൽ എല്ലാവർക്കും വേണ്ടി ഇത് പരിചയപ്പെട്ടു എംബസി ലടെ പോകേണ്ടി വരുന്നെല്ലാം ഇങ്ങനെ പഠിപ്പിച്ചുകൊണ്ടേ പോകണം വൈകാനാ വയ്യർത്തി പക്ഷെ മക്കയെ സംബന്ധിച്ചും ഗാമ്പത്തിനെ സംബന്ധിച്ച ഹെ സംബന്ധിച്ചെല്ലാം വസീർത്തുന്നഭീരായുള്ളത് പക്ഷെ വയ്യർജുടാ എന്തുകൊണ്ടാ ഫൈന പിൻ മക്കാമാനീഫോ ഇസ്ലാമിയന്താ ഇസ്ലാമിയത്തിൽ നിയമാനിയത് അതാരണം ഇയാളിപ്പോ മജിദോബാന്ന് ഹാസിലും മക്കാമില്ല ഹിസാനില്ല ഉണ്ടാവില്ല മക്കാമുൽസാൻ നേരത്തേക്ക് തിരിച്ചു വരണോ ഒരു പടിയിപ്പുറത്തേക്ക് വന്ന മക്കാമൽ ഇമാനി മക്കാമുൽ ഇസ്ലാമിലേക്ക് തിരിച്ചു വരണം തിരിച്ചു വരുമ്പോൾ ഇവിടെ ഒരുപാട് ദക്കായിക്കലുണ്ട് ഇതൊന്നും കണ്ടു ചിരിച്ചിട്ടുണ്ടാവും ആടയം ഫിരാറ്റി സഹകിട്ടുണ്ടോ അതോ ഇസ്ലാമിയത്തിന്റെയും ഇമാനിയത്തിന്റെയും മക്കാമാനെന്നുണ്ട് ഒരുപാട് ദക്കായിക്കുകളുണ്ട് ലാത്തു ആ ദു പിടികൂ ലാ ഇൻ ഹൽക്കയ്യത്തോ ഹൽക്കിന്റെ ഭാഗത്തിൽ കൂടിയല്ലാതെന്തായി ഷെയ്ഖിന്റെ നേരത്തെ ഹക്കല് പിടിച്ചുകഴിഞ്ഞു കക്ക് കുടിച്ചെടുത്തപ്പോ നേർക്കുനേര കൊടുത്തല്ലാണ്ട് കൂടെ വാസുകൂടി കിട്ടേണ്ട ചില കാര്യം കിട്ടാണ്ട് വലൈക്കും അസ്സലാം കൽക്കിയ എന്താ പറയത്ത് പോരാഹ അപ്പോൾ ആ ദക്കായ്ക്കിന്റെ മേലുള്ള ഇത്തലേ മുത്തവക്കുൻ അത് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു അലാ ഇത്തില ആളവക്കത് കിട്ടണം പ്രബ്ബു നേരിട്ട് കൊടുക്കുന്നതിന് ചിലതിന്റെ ചില തർത്തിണ്ടാവും അങ്ങനെ ബിനി ഹലേ കത്തിയാന്റെ പടപ്പുകളെതിർ മുഖേന എന്താക്കണം ഇത്തര ആയ ആളെ കയ്യാൽ ആളാക്കണം അതിനു മുസലികളാക്കുന്നത് അന്നു നേരെ ഇതേ തുടങ്ങുക അപ്പൊ ഫല അഫ്തഫാബിൽ ബൈനത്തിൽ ഹക്കൈ കയ്യത്തിൽ അല്ലീലിൽ മജിതോ അതുകൊണ്ട് ഉണ്ടാകുന്ന ഹക്കൈ കയ്യയായ ബൈനത്തിൽ ഉണ്ടല്ലോ അതുപോലെ ഹൽക്കയ്യായ ഇത്തര തന്നെ വേണം അതുകൊണ്ട് ഫർഖാന മൊഹത്താജിനി മുറിച്ച് ആവശ്യമായി വന്നു وكلام الشيخ رضي الله عنه الى تقارير الشيخ الرباني والتحذير منه كثير انا الشيخنا كلام ذاடாளമുണ്ട് അടയക്കുകen ഫൈമാ മഹോ ശൈطان ഒരു ഉസ്താദ് ഇല്ലാതെ ഒരുതനേ ഇമാം शैतान ആയികൂടോ നോനിക്ക എണ്ടിക്കാനല്ല ഉണ്ടുള്ളല്ല وقال الشيخ ابو علي الدقاق رضي الله عنه പറഞ്ഞു అలానే ഇമാം ഖുശൈരി തങ്ങളെ ഉഷൈഖ് أبوالقاسم القشيري دعنا شيخان أبوالي الدقاق يجب أن يزابنا لهم الشجرة إذا نبتت بنفسها من غير غارس فإنها تورك ولا تثمرون ورم المرم تنية ولا تشوف غارس إلا إذن الله نالوه نالين دعوه وشفالهم القردونان അപ്പൊ അങ്ങനെ പല ഉണ്ടാവൂലാണ് അപ്പൊ അപോലി ഇതൊക്കെ നിങ്ങളെ പറഞ്ഞപ്പോ കാണുന്നുണ്ടല്ല എന്നാണ് നമുക്ക് തോന്നുന്നത് അതിന് ശിഷ്യനാണ് കുഷേരി പറയുന്നു കാലൾ കുശേരി റഫിയല്ലാഹിന്റെ പറയുന്നത് കുറേ ശിഷ്യനാണല്ലോ അവർ പറയുന്നത് കാര്യമുള്ളത് യജൂസ്മുറ തുസ്മിറ പഴം കായ്ക്കല് ജാസാണ് മലച്ചെരുവുകളിലും കാടുകളിലൊക്കെ കാണുന്ന മരങ്ങൾ ആരും നട്ടു വളർത്തിയല്ലോ അങ്ങനെ കാണുന്നുണ്ടല്ലോ അപ്പോ കല്ലാർ എന്തിനു വിത്താല് ഇതിനെ വിത്താല് ആ പക്ഷെ വരാക്കില്ലായക്കൂറി ഫിഹാ തുറമും ഫാക്ഹത്തിൽ തോട്ടത്തിൽ നട്ടു വളർത്തിയ പാ അത്ര രുചിയും കാണൂലെന്ന് അതുകൊണ്ട് വൽ കൊറസു ഈ ചെടിയുണ്ടല്ലോ ഇതാ നുക്കിരമയും മോകില്ലാകാതെ ഒരു സ്ഥലത്തൊന്ന് പറിച്ചിട്ട് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോയി എന്റെ മുട്ടം പോലെ നട്ടിട്ട് ഈ ശരിയായ നട്ടുവളർത്തിണ്ടല്ലോ ആദ്യം പാവിട്ട് പിന്നെ أنت ما تقول لنا رضي أننا أقول لكم يكون أحسن وأكثر أتنى لما تماعد أكثر ثمرة فأنا لم أردوا ما هي موارف أنت ما هي دخول تصرف فيه عدل كبشي كانت تصرف فأنا قرأتها ثم قال بِنَّيَدْ قُشَيْرِ مَا مَوَرِيَنَّهُ وَسَمِيْحْتُ مِنَ الْمَشَايِخِ يقولوا മല്ലഞ്ഞറ മുഹൻ മുഫുലിഹായ ഒരു മനുഷ്യനാണ് കണ്ടിട്ടില്ലെങ്കിൽ കണ്ടോടെ കണ്ണോന്ന പറയുന്നു ചരിത്ര പറയുന്നു വക്കത് വക്കായ മുറത്തും അത് ആര് പറഞ്ഞല്ല ഉപഞ്ഞല്ലേ പറഞ്ഞല്ലമു കഴിക്കില്ലേ ഇത് പുതിയ സംഭവം തുടങ്ങുന്നു കൊശേരി മാമ അഞ്ചാം നൂറ്റാണ്ടിൽ ഞാൻ ഹെജ്രയുടെ എട്ടാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ മിയത്തിസ്താമിന എട്ടാം നൂറ്റാണ്ടിന്റെ അവസാന ഭാഗത്തിന്റെ ഇത് ഒരു മുഷാജിറയും മുനാദറയും മുഷാജിറ എന്ന തർക്കം ഒരു മുനാദറാന്നുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇത് എന്താ ആരുടെ ഇത് ബൈ നെ ഫർ عند الرسله فقراء ينادي فقراء لله ان حتى طلبوا بنيا الذين شيربون اديلن ورغينا يقولوا قدرته مودت قلت يوهن بولان شيربون اديلن ورغينا عندها ترك عندها و ذلك هل يكتفى بمشاره الصوم ومطالعه الكتب في طريق الصوفيات اهل التوحيد الزوقي والمعرفه الحقيقيه الوجدانيه اعمال من الشيخين اعمالا بوذا من الشيخين അൽ യുതഫ മതിയാക്കാൻ പറ്റുമോ മുഷാഹരത്തു റുസോ റുസോമെന്ന് പറഞ്ഞാൽ പണ്ട് നടന്നു കഴിഞ്ഞാൽ കൊറേ അടയാളങ്ങളൊക്കെ റൂബമാലം പറഞ്ഞ് അതും സോഫിയത്തിന്റെ കൊറേ കിതാബിന്റെ മുത്താലയും മതിയോ ഇന്ത്യ അലി കാല ആ മാർഗത്തിൽ ദൗക്കിഷ്ടം പോലെ മതി ദൗക്കീനെ പറ്റി നമ്മുടെ ചർച്ച தவቂያயாயை தவஹீடு அது வலால் மாரிஃபத்துல் ஹகீகியத்தில் வீதாதியா அது ஆருடியா சொதிக்ன ஹகுல் யகீனா ஹகீகியாய் மாரிஃபத்துன்றல்லோ ஆ மாரிஃபத்தின்தே லீம் விஷயத்தில் மதியோ கிதாபிந்து முத்தாலயீம் வீ ரசூமளோ மதியோ அம் லஹு தமின அஷைခிலே ஷைခு உடாண்ட கயு இல்லேனு சर्चा இதா சर्चा விஷயம் அன்ன அப்ப கத்தமோலில் பிலாது பல நாடுகளிலேயும் அவறு இத்தைச்சு ഈ വിഷയത്തിൽ മറുപടി പറഞ്ഞു അഹദിൽ ഓരോരുത്തർ മറുപടി പറഞ്ഞത് അല്ലാതെ അവർ അവരുടെ ഇതിനനുസരിച്ച് മറുപടി പറഞ്ഞു പക്ഷേ അബി അബ്ദുല്ലാ ഇവിനെ അബി അബ്ദുല്ലാ ഇവിനെ റബിയല്ലാദ് തുടങ്ങിയവർക്കെ മറുപടി എഴുതിയത് എന്നിട്ടോ ഈ മസ്ഹാരൊരു പ്രത്യേക തൈരീഫന്റെ പ്രത്യേകമായി ഉണ്ടാക്കപ്പെട്ടു വക്കത് ത ഹാസന്ധാരിക്ക അതെല്ലാം പറഞ്ഞ ഹാസന് പറഞ്ഞിരിക്കുന്നു എന്താ കിതാബി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ കാല എന്താ പറഞ്ഞത് بعد كلام القرى نرى تبعونا على المتاخرين وقت تسادر فقراء الاندونس من المتاخرين متاخرين لا يولماء انجاء كوتت للا فقراء الاندون سلطل الو اولاد تركب الشيمائي فلقتفاي بالكتب عن المشايخي شيخ موارت طرته كتب ونمذيه امدعا كامل وحيو يوليه انا فاق اي سموان دي دواده فاقتبو للميلاد انا او رو نادل ايك مرده چپول പണ്ടഫ കല്ലു അദബ അലാ അസ്ഫി ഫതിഹി ആബറ മറഫതൻ സരിസ് മരൊടി വൽ മജമുറുൽ അജിബത്തി ഉത്തറതിൻ ജംല ആ നോക്ക അത് ദായിറത്തുൻ അലാ തലാഹതിൻ മൂന്ന് കാര്യത്തിനെ വെൽചിറ്റ പെടുത്താ മൂന്ന് ദായി ആദ്യം പരിഗണിക്കണം അവം പദവ ഒന്നാമത്തേത് അൻ നള്റുനിൽ മശാഅ ആ ശൈഖാറ നോക്ക ഏത് ശൈഖനെ വണങ്ങുന്നത് ഏതെ വണ്ടാണ് പറയുന്നത് പക്ഷേ നിങ്ങൾ ഷെയ്ഖിനോ ഷെയ്ഖിന്നൊരു അമ്മായ വാക്കാണല്ലോ ഷെയ്ഖു താലീമ് വേണ്ടാന്നോ സെയ്ഖു തർക്കീത്ത് വേണ്ടെന്നോ ഷെയ്ഖ് തറബിയത്ത് വേണ്ടാന്നോ ഏതാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ഷെയ്ഖു താലിം താലീമിന്റെ ഷെയ്ഖാണോ നിങ്ങശിക്കുന്നത് എന്നാ തൻ കുത്തുബു കിത്താബ് മതിയാക്കു നാലോളം കിത്താബിതാലി ആരക്ക് ി ബബി ലബി ബിൻ ഹാരിഖിൻ നല്ല കിതാബ് തിരിയുന്ന ബുദ്ധിമാനാവ് അതായത് കിതാണ്ടായ മതി പഠിപ്പിക്കൊന്നും പോണമെന്നില്ല അടിച്ചു മുത്താലു പക്ഷെ എങ്ങനെയായിരിക്കണം എങ്ങനത്തെ ആളായിരിക്കണം ഞാനിപ്പോ മബവരിന്റെ മൗര്യം അതായത് എന്റെ ആലാക്ക് കിഴിമ വേണം മുത്താല ചെയ്യണമെങ്കിൽ എന്തുവാണോ കിതാബി ആലത്തെന്തെല്ലാം വേണ്ടത് ലഹബ് വേണോ സർപ്പ് വേണോ ഭയാനി വേണോ മന്ദിക്കു വേണോ അങ്ങനെ എന്തെല്ലാം പണ്ടുകൾ വേണം അതിന്റെ അപ്പവും മുൻതൂക്കം അവിടെയും തെറ്റുപറ്റാതെ മുത്താൻ അയ്യാൻ കഴിഞ്ഞ ഒരു ആരിക്കായ നബീമാണെങ്കിൽ പുത്തുമുണ്ടായാൽ മതി തലീമിന് ചെയ്ത് വേണ്ടെന്ന് തോന്നുന്നു രണ്ടാമത്തത് തന്നുബത്തു എന്നാ താക്ക് മതി ആരിക്കൽ നല്ല ധീരുടെ ആളുടെ സ്വഹബത്തുണ്ടായാൽ തന്നെ അറബിയത്തിന്റെ സ്ഥാനത്ത് ആ കൂടപ്പെടുന്ന ആളാരായിരിക്കണം നല്ല ദീനുടെ ആളായിരിക്കണം നല്ല ബുദ്ധിമാനും ആയിരിക്കണം അതോടൊപ്പം തന്നെ നസുബ് വേണം ഇവരിക്കും പ്രേണ്ട കാര്യമല്ല അപ്പപ്പോ അപ്പപ്പോ തെറ്റും ശരിയും പറഞ്ഞു കൊടുക്കുന്ന നാസിഹായ ആളായിരിക്കണം അങ്ങനെയുള്ളൊരാളോടുള്ള സ്വയംഭത്തുണ്ടായാൽ എന്ത് മതി സെയ്ഫ് എന്നെ ഉണ്ടെന്നു അത് ഹെയ്യൽ പറഞ്ഞിട്ടുണ്ടല്ല അത് ജെയ്ഷല്ലാ ഞാൻ എന്ത് പോണോന്നുള്ള ഇനി പല കാര്യം പറഞ്ഞിട്ടുണ്ട് ിഹു എന്ന കിതാബിന്റെ ഷാരിഹ പറയുന്നു വകല്ല അത എന്ന അങ്ങനത്തെ ഒരാളെ കിട്ടണ്ടേ ദയ്യനും മാക്കിനും നാസിഹുമായ ആളെ കിട്ടലി അവ തർക്കത്തിന് ശേഷം ഇല്ലാത്തവരും അങ്ങനത്തെ അറിവില്ല അയി എന്തോ കലാത്തില്ലവാ എല്ലാവർക്കും തടിഹവ കാലി വായിപ്പോയിരിക്കുന്നു അതുകൊണ്ട് അങ്ങനെ ആളെ കിട്ടല് വളരെ കുറവാണെന്നാ പറഞ്ഞു ശരി ഇപ്പൊ ഷെയ്ഖു തർ അപ്പം അപ്പൊന്താ അസല പറയുമ്പോ വന്നിരിക്കുന്നത് മൂന്നാമത്തെ ഷെയ്ഖ് എക് പിന്നു അത് അതിന്റെ തലീഫ് മുറിയുമ്പോ രണ്ടാമത് വേണമെന്നല്ലോ വയ്യത്ത് പുതുക്കണമെന്നല്ലോ അത് മുഹലപ്പുത്ത് വന്ന് പോയാൽ അതിന്ന് പുറത്തു പോകും കൊണ്ടും വയ്യത്ത് പുതുക്കേണ്ടി വരും ിലാലിക്ക ഈ പറയപ്പെട്ട മൂന്ന് പിടിക്കൽ ഇങ്ങനെ താലീമും തർബിയത്തും ചർക്കിയത്തും ഒരേ വജീൽ കൂടി പിടിക്കലി ഒരാളെ വെക്കുന്ന ദേശം കിട്ടുന്ന ആളുണ്ടാവും താലീമും തർബിയും ഒറ്റ ശേഖണ്ടായിട്ടില്ലേ ഒരാൾ വെക്കുന്ന മതിയാക്കുന്ന ആളില്ലേ അപ്പൊ ഇനി ഇൻ നഹ്ദാലിക്കലി ഷേഖി ഒരു ഷേഖിന്റെ വെക്കുന്ന പിന്ന ഔതിഹി തലാതീ മൂന്ന് വജീൽ കൂടി പിടിക്കല് അതമ്മൂ അത് ഏറ്റവും താമമായ രീതിയാണ് മൂന്നിനും ഒരാളൊക്കെ തന്നെ മൂന്നും വാബുഅുലിൻ മവാദി നമ്മുടെ ഉദ്ദേശങ്ങൾക്ക് ഏറ്റവും അബലവും അതാണ് അപ്പൊ ഒരു നെതിർ കഴിഞ്ഞു ശെയ്ഖിന്റെ നെതിറിലേക്ക് നോക്കിയിട്ട് മതിയെ മതിയാകത്തിലും പറഞ്ഞു അത്താനി രണ്ടാം മത അന്നുറിന്റെ ഹാലി താലിബ് താലിബിന്റെ ഹാലം നോക്കാറുണ്ട് മൂന്ന് നോട്ടം എന്നല്ലേ പറഞ്ഞ ഫൽ ബലീദു ബുദ്ധി കുറഞ്ഞ ആളുകൾക്ക് ലാബു തമ്മിൽ കൂടാണ്ട് കഴിയേ ചെയ്യില്ല ഒരിക്കൽ സ്വയം എവിടെ എത്താൻ കഴിയൂലെന്ന് പറയും nekata chelle yurabbi gurabbiya ayya shekh kudaandu kayye jila malida anengu vallabibu maridinde ofasiraana labibu labib endu madhi takfil kutubu fi tarakki ona tarqiya taaka endu madhi kutubu madiyagu paja tarabithinu odiyaula taragithinu odiyena tarqikodi laakindho ola ayatram min ruuhun nafsihi wala nafsin ruuhunato ora cheppodu laa wa in wasala wasilaa idanna vakka എന്നാൽ നഫ്സിൻറെ റുഹൂനത്ത് പോവൂല കലിബതി ലാ ഇല്ലാ ബി റുഇയതി നഫ്സിഹി നഫ്സിൻറെ റുഇയത്ത് കൊണ്ട് അവദം ദൈട്ടുണ്ട് പരിശീകപ്പെട്ട കാരണത്താൽ സലാമത്താഉലാനാ വരി അവ നഫ്സിന ആദ്യം കൊല്ലണാറായിക്കണ ആരെയും ചെയ്യൂ നഫ്സിന ആദ്യം വെച്ചിറ്റി ഇലി ഒഗതണ്ട ലൈലൈദ മഖാമബിൽ അസ്സാലിതു മൂനാമത്ത നള്റു അൻ നള്റുൽ മുജാഹിദീൻ മുജാഹദ അരാണോ ത്യാഗത്തിനിരിക്കുന്നതു അദാ അതിനെന്തണ്ട് മൂന്ന് മുജാഹദുണ്ട് മുജാഹിദത്ത് തക്കുവ ഉണ്ട് മുജാഹദത്തിൽ ഇസ്തു കാമത്ത് ഉണ്ട് മുജാഹദത്തിൽ കശ്പുണ്ട് മൂന്നുണ്ട് തക്കവാന മുജാഹദത്താണോ ഉദ്ദേശിക്കുന്നത് രാഹത്താതിന്റെ ആവശ്യമില്ല നിങ്ങൾ തക്കുവാനും ചെയ്ത നടന്നാൽ മതി ആറാമൊന്നും ചെയ്യണ്ട വാജിബല്ലോ ചെയ്തോളി എന്താ ലി കാരണം തക്കവ എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് അമ്മ യാഥാർമായിട്ടുമുണ്ട് മുജാഹദാണ് രണ്ടാം അത് ഷെയ്ഖി ഷെയ്ഖിലേക്ക് ആവശ്യമുണ്ട് അസ്ലഹമിൻ ആ ഇസ്തഖാമത്ത് ഞാൻ ഏത് രീതിയാണ് സ്വീകരിക്കേണ്ടത് വോൽ അസ്ലഹദാണോ തിരഞ്ഞെടുക്കാൻ വേണ്ടിട്ട് ഷെയ്ഖ് വേണം അവിടെ വക്തഫിയുൽ ലബീബ് ബിൻ കുത്തബി അവിടെ വേണമെങ്കിൽ എന്താക്ക കിതാബ് കൊണ്ട് മതിയാക്കാൻ കഴിയും ലബീബ് ആയ ആളാണെങ്കിൽ മൂന്നാമത്തത് മുജാഹദത്തുൽ കശ് തർക്കിയ മുജാഹദയാണ് ലാബു തഫിയ ബിൻ ഷെയ്ഖൻ അത് ഷെയ്ഖ് കൂടാണ്ട് അകേ എന്തുകൊണ്ട് ആ ശേഖനക്കൊള്ളുക മടങ്ങേണ്ടി വരും ഈ കശ്മർക്കു എന്ത് അവതരിപ്പിച്ചിട്ട് എന്ത് തെറ്റിയത് ശരിയെന്ന് വെളിവാക്കിട്ടുണ്ട് അതേതുപോലെ റജുചെയ്തില്ലേ ഫി അറീ അല്ല വറക്കത്തുബിന്റെ നോക്കിനടുക്കേ പോയിട്ട് അവതരിപ്പിച്ചിരുന്നു എപ്പോൾ വറക്കത്തുബിന് നോക്കി നന്നായിട്ടറിയും വാർത്തകളൊക്കെ അറിയുന്നുണ്ട് അവളെ പോയി ചോദിച്ചിട്ടേണ്ടി ൂപത്തിന്റെ ദുഹോന്റെ പ്രാരംഭരംഗം വറക്കത്തിന് അറിയുന്നോണ്ടാണ് അവിടെ ചോദിച്ചത് ഇതേമാതിരി എന്തുവാണോ എന്തെങ്കിലും പുത്തുഹാത്ത് വന്ന തേതില് ശരിയേതെന്താന്ന് ഒഴിവാക്കണോ വക്കൽന്നാണോ സീതാന്റെ വക്കൽ നിന്നാണോ ഹക്കിന്റെ വക്കലിൽ നിന്നാണോ ഒന്ന് തിയൂല ഹീനപാതീപിനൂല ഈ പറയപ്പെട്ടത് ഒന്നാമതിലൂടെ കരീപത്താണ് എന്ന് പറഞ്ഞു ഒന്നാമത്തെ ഏതാ പറഞ്ഞത് ഒന്നാമത്തെ അതിലേതാ അതെ മുഹമ്മദ് അറസിന് കിതാബ് കിതാബ് കൊണ്ട് മതിയാക്കാൻ കഴിയും ആരിക്ക് ഹാരിക് ആയ ആളാണെങ്കിൽ ഈ മൂന്നാമത്തെ ഒന്നാമതിലുള്ള കലീബൈ എന്നല്ലേ പറഞ്ഞു ഹരീഫിന്റെ പിന്തുണ ഇതിനോടൊപ്പം ഉണ്ട് എന്നും പറഞ്ഞു ഇപ്പം പറഞ്ഞില്ലേതാ വർക്ക് പിന്തുണ കാലം വഹാദ് അൽ ജവാബു അക്രബുൽ പറയുന്നു വഹാദ് അൽ ജവാബുൽ അക്രബുൽ സവാബ് ഈ അവസാനമായ ജവാബാണ് Him, ും വെച്ചുതും ഇത് അമൃത്സ്യല്ലോ അപ്പം വേണോ വേണ്ട സ്ഥലമുണ്ട് വേണ്ടാത്ത സ്ഥലമുണ്ട് ഏഹ് തീരെ കൂടാണ്ട് കഴിയാത്ത സ്ഥലമുണ്ട് വ്യക്തികളുണ്ട് അങ്ങനെ അനുസരിച്ചിട്ടില്ല അപ്പൊ ആളെ ചിലവും നോക്കണം നിങ്ങൾ ആവശ്യപ്പെടുന്ന ശേഷ സ്ഥിതി രണ്ടുമൂടി നോക്കി തീരുമാനിക്കേണ്ടതെന്നാണ് അറിയുന്നത് അപ്പൊ രോഗത്തിന് ഡോക്ടറെ വേണോ എന്ന് ചോദിച്ചാൽ വേണ്ടത് ഉണ്ട് വേണ്ടാത്തുണ്ടെന്ന് പറഞ്ഞാൽ മതി ചിലതിന് ചുക്കാപ്പെല്ലാം കുറിച്ച് പൊതിച്ചിറങ്ങിയാൽ മൊക്കടാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതല്ല അങ്ങനെ ഇരുന്ന് മണി ഒരു കേറ്റൊക്കെ നോക്കിയേക്കാന് ഏ മുറഞ്ഞു ആരാണ് സൈറ് മക്കീൽ കൊണ്ട ബസീറത്തുള്ള ആണ് സൈറന്ന് പറഞ്ഞ യാത്രക്കാ പറയാ മക്കീൽ എന്ന് പറഞ്ഞാൽ എവിടെയാണോ ഹാട്ടാക്കേണ്ടത് യാത്ര ഹാട്ട് അതാണ് മക്കീൽ അത് മറ്റു യാത്രയോട് ഒപ്പിച്ചത് സൈറ കൽ ആ തവജുഹിനാണല്ലോ സൈറു എന്ന് പറയും ആ സുലൂഖ് ഉണ്ടാകലും മോഹമലാത്തും മുജാഹദാത്തും ഉണ്ടാവില്ലേ സുലൂഖിൽ രണ്ടുണ്ട് മോമലാത്തോണ്ട് മുജാഹദാത്തും ഉണ്ട് വാഹമലാത്താകുന്ന അവസരത്തിൽ പ്രദൂഷണത്വമായ കാര്യങ്ങളെല്ലാം ഉണ്ടാക്കല് അതിന്റെ അഖിലാസോടുകൂടി അതിന്റെ അത് പോലെ പ്രവർത്തിക്കലാണ് എന്തിലുണ്ടായാലേ വാഹമലാത്തിലുണ്ടായാലും മുജാഹദാത്താകുന്ന അവസരത്തിൽ നഫ്സിന്റെ ഇതിനെ കണ്ട്രോളാക്കാൻ ഇതിനെതിരി കാട്ടു അസുരോഗ്യ രണ്ടിലുണ്ട് ഒന്ന് മൊഹാമലാത്തിന്റെ ഇനം മറ്റൊന്ന് മുജാഹദാത്തിന്റെ ഇനം പാടില്ല അപ്പൊ അവിടെ മുജാഹിദാബ് തൽക്കാലം നടന്നു അവിടെ മുജാഹിദാ നടന്നു മറ്റോ ഭാഗത്ത് മൊഹാമലും നടന്നു മോഹമലാത്ത് തന്നെ ഉണ്ടാൽ കുറവൽ ഫോറ നിർബന്ധ വാപ്പിലൂടെ തക്കവർ ഭാഗത്താണ്ടാല് ഷെയ്ലന്റെ മുജാഹദാത്തിൽ നഫ്സ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കില്ലാന്ന് മുജാഹിതത്തിലുണ്ടാകാൻ ഇത് രണ്ടും കൂടെ മജ്മാണെന്നുണ്ടെങ്കുന്നവരുടെ സാധനം എനിക്ക് നെഫ്സിന് നിക്കാരം ഇഷ്ടപ്പെടാത്ത സാധനമാണ് അതിന് ഇത്രേം ഇഷ്ടപ്പെടാനുള്ള കാരണം എന്താണെന്ന് പരിശോധിക്കാനുണ്ട് അത് നിങ്ങൾ ഏത് നഫ്സിനെ പറ്റിയാ അതിന് അമ്മാറത്തെ കൊണ്ട് മുത്തമൈനത്തിലൊക്കെ പറയുന്നു مطمئنة تاري نفسها رئينا فالمطمئنة تاري نبدا جهات المجاهدين باعداله فتحني سيحن نجده ايه ده نفسه رئينا نفسي يرين ده عمارة درنا لبامة درنا دلالأ ملهمة درنا مطمئنة درنا انا عتن فهذا انت غتي نفس الى تمئن آلها لكنها لا تندهي انغيها مطمئنة تاري نوشارتنا معرامة تولا ഇനി നോക്കിക്കുന്നത് എപ്പോഴാണ് പഴയെന്ന് പറയാൻ കഴിയുമല്ലോ അതിന്റെ പഴയ തന്നെ വടങ്ങി പോകുന്നു എന്തെങ്കിലും അനുകൂലമായ സാധ്യത കിട്ടിയ ഒറ്റ പോക്കു ആയിരിക്കും അവരിക്കും കൂടെ വേണ്ട അപ്പൊ ഏടെങ്കിലും ആരൊക്കെങ്കിലും പേര് അവരക്കാരൊക്കെ കൂടുമ്പാട്ട് തോന്നലോന്നെങ്കിൽ ഒരു മറുപ്പുൽക്കാത്തി ഓരോ വർക്കത്തോണ്ട് കിട്ടിന്നു നല്ല അമ്മാറസ് വെറുതെ തോന്നിപ്പിച്ചോണ്ടട്ടെ ഇതിന് എന്തെങ്കിലും കാര്യം ഉണ്ടാവും ലാഭക്കാച്ചവടം ഉണ്ടാവും അഖ്ലാസ് ഉണ്ട് തോന്നിയത് നബ്സല്ലോന്ന് ആദ്യം പറ്റട്ടെ ആ താങ്കൾ വരും അഖിലാസ് ഉണ്ട് നിങ്ങൾ സ്വയം തീരുമാനിക്കുന്നില്ലേ എന്റെ ലഫ്സിന്റെ അഖിലാസ് ഉണ്ട് എല്ലാവരും തങ്കുഞ്ഞ് പൊങ്കുഞ്ഞ് എല്ലാരും അദ്ദേഹം നമ്മളെല്ലാം മതഹബ്ബെന്നാണ് തങ്കുഞ്ഞ് പൊങ്കുഞ്ഞെന്നാണ് എന്റെ കുഞ്ഞു നല്ല ഒഴിഞ്ഞാ എന്റെ ലഫ്സു നല്ല ലഫ്സെന്നാണ് അതെ നഫ്സിനെ പറ്റി ആർക്കും ആ നിക്കാൻ തോന്നി നിക്കാണ്ട് പോയാൽ എന്തോ പന്തികൾ ഉണ്ടാകുമോന്ന് ആരാൾ കാണുമെന്ന് ചിലഅ പിന്നാലെ ഉണ്ടാവും ആര് കാണുന്നിട്ടുണ്ടാവും നഫ്സ് ഉല്ലമാറത്തിന്റെ ഇത്തരമുള്ള കയറി തോന്നിയെങ്കിൽ സംശയ ദൃഷ്ടിയാ നോക്കണ്ടെന്നെ വരും അത് പൂർണ്ണവെറ്റ് പറഞ്ഞല്ലേ വഹാലിഫിൻ നഫ്സൈതോഹ ന അപ്പൊ നമ്മുസ്ലിമാവ് തെറ്റിപ്പോയിനല്ല മഹന്നാക്കും നർസും എനിക്കെന്താക്കി വളരെ മഹന്നാക്കി നുസൈൻ ഫത്തുതാനോടെ നോക്കാൻ പറ്റൂന്ന് പറഞ്ഞു നർസിന്റെ അമ്മാറത്ത് എന്ന് പറഞ്ഞതിന്റെ ആ സ്വഭാവത്തിൽ എന്തുകൊണ്ട് ഈ മാറ്റം വന്നു അമ്മാറത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഹൈര് കൊണ്ട് കൽപ്പിക്കാത്ത സാധനം അമ്മാറത്തും ബിസ്സു എന്നാ അമ്മാറത്തിന്റെ മൊഫലിപ്പം കൂട്ടി കൊടുക്കണം അമ്മാറത്തും ബിസ്സുന്ന് തന്നെ കൽപ്പന സു കൊണ്ടും വല്ലാതെ കല്പിക്കുന്ന ഈ സാധനം ഹയതുകൊണ്ട് കൽപ്പിക്കാൻ കാരണം എന്തായി എത്തിനാ എത്താൻ നിങ്ങൾക്ക് ആരാ ഈ അമ്മാറത്തിനോട് മുജാഹദ ആറ് ഏത് ശേഖരി കൂടി ചെയ്തു പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് എത്തിപ്പോയതാ എത്തിപ്പോയ കൊല്ലങ്ങളോടും എഴുപതും അറുപതും കൊല്ലം ജീവാതെയ്താലും അമ്മാർ കുട്ടി കൊടുക്കൂല ഒരു വെള്ളത്തിന് തുടങ്ങുമ്പോഴേക്ക് ചളീന്ന് കാലം വന്ധിച്ചാണെങ്കിൽ എന്തായിരിക്കും തൈ കണ്ടത് ഇങ്ങനെ ചളീന്ന് ഇങ്ങനെ കാലം ബന്ധിച്ചുണ്ടാക്കും എത്ര ഇബച്ചിപ്പൂരി പൊക്കുമ്പോൾ കാലം മുട്ടുവരെ അങ്ങോട്ട് താണിട്ടു തൂന്നുറിട്ട് ഈ കാലം എല്ലാരും ഊന്നാൻ തുടങ്ങുമ്പോഴേക്കും ഇപ്പൊ എന്താ താണിട്ടു അതിനെന്താ വേണ്ടത് ഊന്നാൻ പറ്റുന്ന ഒരു കല്ലുമ്മൽ ഊന്നണം എന്നിട്ട് കേറണോന്ന് അപ്പൊ അതല്ല നല്ല ഉറച്ച ഒരു കല്ലുമ്മൽ ഊന്നി ചുണിക്കാലിരിക്കാൻ ആ അല്ലാന്നേ ശരിക്കും അമ്മാറത്തും വിസ്വോ നിങ്ങളോട് ഇത്ര നല്ല ഹൈലോണ്ട് കൽപ്പിച്ച് എന്ത് വാങ്ങുകയും തെറ്റിദ്ധാരണ കണ്ടോണേ നമുക്ക് നോക്കാൻ കഴിയുന്നു എന്ന് മാത്രം മുത്തുമയിൻ എത്തിയാൽ തന്നെയും അത് ആ പയ സ്വഭാവം കാട്ടുന്നുണ്ടോ എന്ന് പരിശോധിക്കാനല്ലേ വറായൻ പിന്നെ നിങ്ങൾ നിങ്ങൾ ഈ ആരാചനമാറ കൂട്ടത്തില് സാധാരണ അവാസികളുടെ മുത്തക്കെ നടക്കാനാണ് ഇതൊന്നും വേണ്ട ഇപ്പം മുത്തക്കേ അയക്കുന്നു അവളെ ഞങ്ങൾക്കാടെ ഒരാളാരില്ല വിറ്റത്ത് നടക്കുന്ന അങ്ങാടി ചണ്ടെന്നു അതിന് ഇപ്പുള്ളത് നമ്മ പറയുന്ന സോഫിയത്തിന്റെ ഹാരിലേക്കാം അല്ല ഇതുകൊണ്ട് പുറത്തേക്കുള്ള നെഫ്സ് പറഞ്ഞിരിക്കണ്ട ഇയാൾ പറഞ്ഞോണ്ടേക്കിരിക്കണം അതെയാണ് ഞാൻ വളരെ മോശ അവസ്ഥ വളരെ നല്ലത് തന്നെയാണ് കരുവാടി കൈവിട്ടിച്ച് പറഞ്ഞതാണ് വളരെ ദോശ ഇങ്ങനെ നല്ല ആളാണ് ഞാൻ ദോഷം തോന്നിയില്ലേ എവിടെ തന്നെ ദോശയ്ക്ക് ദോഷം തോന്നിയില്ലേ സയ്റ മഖീൽ സമ്പന്ദിച്ചുള്ള നല്ല ബസീറതുള്ള шейഖാണെന്ന് പറയുന്നത് ആശാറ ബിഹി ലശറൂത് അൽ шейഖി шейഖിന്റെ സ്വറത്തിലേക്കാ ഇഷാറ പാകുന്നു അണ്ട വഅന്നഹു ലാബുദ്ദ അയ്യകൂന ബസീറൻ ബി അഹ്വാദിസ്സയ്ർ സയ്റൻ അഹ്വാൽ ഓരോത്തർക്കും സയ്ഹറു പരിഗതിരണ്ടല്ലി എല്ലാർക്കും ഓരോ സയ്റല്ലല്ല ഉണ്ടാവും റബ്ബല്ലാഹ് മാസ് നോങ്ങുകുന്ന മഗ ഫറവൈ കാര്യാനില്ല ഒരു മതല അപ്പോൾ ഇയും സംശയം ആ നെഫ്സ് നോക്കണോ നോട്ടുണ്ടല്ലെങ്കിൽ ആളുകൾ അറിയുന്ന ചിലപ്പോൾ നെഫ്സ് നോക്കുന്നത് അല്ലെങ്കിൽ നഫ്സിന്റെ ആദത്തായിരിക്കും അത് ആദ്യത്തെ മുടക്കിയാലിപ്പോ സിഗരറ്റ് വിളിച്ചോണ്ടെന്നൊക്കെ വിളിക്കണ്ട നഫ്സിന്റെ പൊറുതിയോണ്ടാവും എപ്പം കൃത്രി നിൽക്കിച്ച് ഒരു ദിവസം നിക്കാറും തെറ്റിയൊരു ഈ പൂർതിയോട് നഫ്സിന്റെ വൃതിയോടാണോ എല്ലാ അള്ളാഹുന്റെ വക്കൾ നിന്നുള്ള ഈ മാമല കുട്ടതിന്റെ പുറയോടാണോ ഒന്ന് വിലയിരുത്താനുണ്ട് നഫ്സിന് നിങ്ങൾക്ക് എന്ത് ആദത്ത് കൊടുത്തോ അതി ആദത്ത് വിട്ട് കളിക്കുമ്പോൾ ഒരു പൊതുവായി കണ്ടുപിടിക്കുന്നതെനിക്ക് അസാമ്യത്തെ കണ്ടുപിടിക്കുന്ന ബോധ്യോട് വരില്ല അതായത് ഇനിയും പറഞ്ഞില്ലേ നമ്മൾ ആകാരി വന്നിട്ടില്ല അതെ നാല്പത് കൊല്ലം ചക്കപ്പുറത്തിൽ നേരം മുടങ്ങാതെ കണ്ണിമാമിനെ വലപാകുന്നതിന് ശരി ഒരു ദിവസം ഉറങ്ങിപ്പോയിട്ടാ മറ്റേ ബേക്കറി വസ്ബുക്കായി പോയി വസ്ബുക്കായപ്പോ എല്ലാം നീളം നോക്കിയപ്പോ ഇവർക്ക് നാണക്കേട് തുടങ്ങി എല്ലാം തന്നെ നോക്കിയില്ല മസ്ബുക്കായില്ലേ നോവിന് നാണക്കേട് അയച്ചു അവസാനം പറഞ്ഞാപ്പിക്കാണക്കേട് മാറ്റാനാന്ന് അവിടെ ഒന്നും സൈല്ലാക്കി നോക്കി മുഴുവൻ കഥ ഊട്ടി കണ്ടു അപ്പൊ ഇപ്പൊ ആഴത്തെ തിരിഞ്ഞത്യക്കോല ബസീറം അഹ് സൈ സൈറിന്റെ അഹ് കൊണ്ട് അറിഞ്ഞ് ശരിക്ക് ബസീറത്തുള്ള ആളാണെന്നാണ് അപ്പൊ എല്ലാവരുടെ സൈറും ഒരുപോലെ ഇരിക്കൂല ഫൈസാഹിദിൻ താത്തിനീ മജുഹു അപ്പൊ ഓരോ ഓർത്തരെയും അവനവന്റെ താക്കത്തനുസരിച്ചായിരിക്കണം സെരി ചെയ്യിപ്പിക്കേണ്ടത് എന്തുകൊണ്ട് ഫലൈസൽ കവിയും കവിയ ഒരു മുരീത് ഉണ്ടെങ്കിൽ പോലെയല്ല കവിനുണ്ടാകല് ഏ നടന്നിട്ട് പോണ്ടോനല്ല എന്തുണ്ടാകരു വാതി കെറ്റിന് തീവണ്ടിക്ക് പോകണ്ടോല്ലോ പ്ലെയിനിക്കറ്റാൻ പറ്റൂല ബസ്സിന് പോകണ്ട പൈസ ഉള്ളു ഓരോരുത്തരും പ്ലെയിന് ടിക്കറ്റ് എടുത്തോന്നു നടക്കൂലല്ല ബോംബെയിൽ നിന്ന് ബസ്സിന് വേണ്ട പൈസ അതിനെടുത്ത് ഉണ്ടാവുള്ളൂ അത് നീ ബ്ലൈൻഡിക്കറ്റ് എടുത്ത് പോയിക്കോട്ടെന്നായിട്ട് ബ്ലേ ഡി കിട്ടിണ്ടാവു ആയിക്കോട്ടോ അതെനിക്ക് നമ്മുടെ കവിയും ഒരുപോലെ വാഹനം നടന്നു പോന്നു വാതിരില്ലോ അപ്പൊ സിദ്ധിയ്ക്കൻ കൊടുക്കേണ്ട സൈറല്ല സാദിക്കേണ്ട സൈറു പോലെയല്ല വലൈസൽ സാധിക്കൂ സാധിക്കല്ല മുത്തറിയെ പോലെയല്ല സിദ്ധിക്ക് ഏറ്റവും വലിയ നോക്കാമാണു അതിന് ആഴെയാണ് സാധിക്കും അതിനട ഞാൻ മുത്തറത്തിൽ ഒരിക്കലുണ്ടാവും ഒരിക്കലുണ്ടാവില്ല ഇങ്ങനെ പന്തൊന്നും പോയിക്കോണ്ടു വലൈസൽ മുത്തറദ്ദല്ലോ മുങ്കിന്ന പോലെയല്ലോ മുങ്ങിന്ന മുത്തറീനെ നോക്കാമിലേക്ക് എത്തിക്കാൻ നോക്കണോ മുത്തറദിനെ പിടിച്ച് സാധിക്കില്ലേക്ക് എത്തിക്കാൻ നോക്കണോ ഇപ്പൊഹമ്മൽ സിദ്ദീക്കും സിദ്ധി കായ ഒരാൾക്കെന്താക്കണം മുജാഹദിയാലും ഹറാബ് എന്നു പറഞ്ഞ ആരത്തിലും വർദ്ധിക്കുന്നതി ഖറാബാക്കൻ പണ്ട പോരെ പണക്കാനും പറഞ്ഞില്ല ഇപ്പ ഏഹ് നിങ്ങളെ ഈ പറയുന്നൊന്നും ഞമ്മക്ക് പോയി ഉൾക്കൊള്ളുന്നില്ല നമ്മക്ക് കിട്ടാനെന്താ മണിയെന്ന് ആരത്ത് അടിപൊളിച്ചിട്ട് വന്നു പറഞ്ഞു ഏ ഈ ബഹുമാനപ്പെട്ടത് അടിപൊളിക്കാനാ എന്നാ പോന്നറ അപ്പൊ താടി എന്നാണെന്ന് ജനങ്ങള് പറയൂലേത്രം പോലെ ഇത്ര താടി വെച്ചോ പഠിച്ചോളഞ്ഞിട്ട് ജനങ്ങൾ എത്ര ഉപയോഗിക്കാൻ നിൽക്കൂലെ അപ്പൊ ജനങ്ങളൊക്കെ ഉണ്ടാകാതെ അടിയുന്നു തോന്നല് വലിയ ഇതാ കൊറേ അതേ ഹറാബിനാലും അതുക്കാറിനാലും മാലായ ചുമത്തുന്ന എല്ലാ അതിന കണക്കൊടുപ്പുണ്ടാവും അതല്ലേ ഇവർ ഇവരോട് പറഞ്ഞു ഹാ മൽമകുത്തു ഐസേറു ഭീ എന്ന് പറഞ്ഞിരുന്നു ഹാ മൽമകുത്തു ഐസേറു ഭര ഞാൻ പറഞ്ഞൊന്നും കൂട്ടാക്കുന്നില്ല അതാക്കിയ ചുമത്തി കൊടുത്തത് മാ ചിലെ ഞാൻ ചുമത്തിയ മുജാഹിദന്റെ കുറച്ച് ഭാഗത്ത് ഞാൻ കണ്ടത് മൌത്ത് സ്വീകരിക്കാൻ തയ്യാറാവുമായിരുന്നു അത്താ കടുവ ചുമത്തി കൊടുത്തത് ഇപ്പൊ എന്തായിരുന്നു അറിയോ കുറേ ഞാൻ പറഞ്ഞ കുറേ ആ മൗത്തിനെ സ്വീകരിക്കാൻ പോലും ലക്ഷ തയ്യാറാകും അത്രമാൻ പറ്റൂലായിരുന്നു അതിനേക്കാണ് കൗരവം പറയുന്നത് ചുമത്തി കൊടുത്തത് ആ ചരിത്രം അക്കൻ്റെ ആദ്യം പരിശോധിക്കാനുണ്ട് അതെ മൂലതി പറഞ്ഞെല്ലാം ശരിയെന്ന് തരുമോ മുരധനും മാനും പറഞ്ഞെല്ലാം ശരിയാ ദയച്ചു അത് ചരിത്രത്തെ തെളിവിന്റെ അടിസ്ഥാനത്തിൽ വിലയിരുത്തണം ഒരാൾ അച്ചടിച്ചിട്ട് ഒരാൾ എഴുതി കൊടുക്കാം തിരുവല്ലങ്ങാനും അച്ചടിച്ച് എല്ലാം ഇടത്തേക്കണിപ്പിച്ച് പാടാങ്കിൽ ഞാൻ പാട്ടോ സെനിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ എന്താക്കണം അതിന് നമുക്ക് ഒക്കെ ആരും നോക്കാതെ വിവിൽ ചെയ്യണം അത് ഇബരിൽ തുടങ്ങിയത്ഭാ ശേഷമല്ലോത്തുമ്പോ നമുക്ക് ഉള്ളത് അങ്ങനെ ഉണ്ടായിട്ടുണ്ടോദിഖിക്ക ചുമണ്ട മാലായും മുത്തറീൻ ചുമത്തുന്നതായിരിക്കൂലും മുങ്കിരി ഇങ്കാറാക്കുന്ന ആളെന്താകണം അല്ലനെ കൌശലം പ്രയോഗിച്ചിട്ട് ഇൻഗാറുമാക്കി വേണ്ടി ആദ്യം ഓരോന്താകണം ഭരിച്ചിട്ട് ഓരോ കീഴടക്കി കൊണ്ടുവരണം വരട്ടെ സിതുക്കു വന്നിട്ട് ഇതിൽ വിശ്വാസം അർപ്പിച്ചിട്ട് വേണം ആതിൽ കിരയറ്റെ ഇപ്രകാരം ലക്ഷ്യം വെച്ചുകൊണ്ട് വരുന്ന കാസിദാണോ അവരോടൊപ്പിച്ചു ആയു പറഞ്ഞു അൽ മൊരീദു അല ഇസ്മയിൻ മൊരീദ് രണ്ടു തരത്തിലുണ്ട് ഒന്ന് പൂർണമായ അഹനിയത്തി എല്ലാം കാമിലായി വന്ന ആരാളാരാണോ അവനാണ് അവനെന്താക്കണം അതൊക്കെ പറയപ്പെട്ട ഒമ്പത് വസീത്ത് ഒമ്പതൊന്ന് പത്ത് വസീത്ത് എന്ന് കാത്തിമടക്കം പത്ത് വസീത്ത് ശരിക്കും ബ്രാട്ടീസാക്കി വന്ന മുരീദ ഇന്റർവ്യൂവിന് പങ്കെടുക്കാം അവലിയാന്റെ തരീക്കിലെ സുലൂക്കിനാരെങ്കിലും പൂതി വെച്ചാ സുലൂക്കിനും ചെയ്യാനിട്ടത്ര സുലൂക്ക് ചെയ്തിട്ട് ആ സുലൂക്കിന്റെ എല്ലാ മക്കാത്തും വിട്ടിട്ട് ഓരോ മന്തിലവിടെ ഹാലാകും പിന്നെ മക്കാമാകും തമക്കുനാകും തമകീനായിട്ട് വിട്ട് വിട്ട് വിട്ട് കടന്നിട്ടെന്താക്കണം എന്നാലെല്ലാം റാട്ടീസരി തിരിച്ചും അവിടെ വാസിലാകില്ലേ എല്ലാം തമകീനും തമുക്കൂനും ആകാത്ത കാലത്താണെങ്കിൽ ഇവിടുന്ന് കിട്ടിയത് അപ്പുറത്തും നമുക്ക് തടിഞ്ഞു പോവും ആറി തണുത്തു പോവും നമുക്കീനാന്ന അവസ്ഥ ആക്കി കീടാൻ കഴിയില്ല ഇവൻ കൊണ്ടു വേറെ ആൾക്കീടാന്നല്ലാതെ എന്ത് വരൂല്ല ഇവൻ വേറെ ഇടങ്ങിയ മാര്യേജ് ഇന്ന് നോക്കി ഇതെല്ലാം പൊളിഞ്ഞ് നോക്കും ആരൊക്കെ കൂടി അല്പം അങ്ങാടി ചേച്ചി വരുമ്പോഴത്തേക്ക് രാവിലെ എടുത്താൽ എത്ര എല്ലാം പൊളിഞ്ഞു പോയി വോ അപ്പൊ എന്താ ഒന്നിക്ക് ആരായിട്ടുണ്ടാവില്ല മൊക്കാണ്ടു വരി അപ്പൊ ഇനി വേറെ ഇല്ല ആശങ്ക കൊണ്ടെടുത്ത് പൊത്ത വയസ്സോ തിരിച്ചു വന്നിട്ടുണ്ടാക്കണോ വേറെ അകറ്റൂ ചെയ്യാനുള്ള പാകം ഉണ്ടാവും അഭിനിപ്പുറത്തോടെ ഞാൻ ചോദിച്ചേ അതുക്കി ചോദിക്കില്ലല്ലോ ആ അതുക്കിയിൽ പറഞ്ഞത് സുലൂക്കിന് ആവശ്യമായ ആദ്യത്തെ ശത്രുക്കളും അപാധികളാണ് സുലൂക്കിന് ശേഷി സുലൂക്കിൽ അധ്വാനങ്ങൾ ഉണ്ടാവില്ലേ അധ്വാനത്തിന്റെ പരസിദ്ധിയാണ് ഉസൂൽ എന്ന് പറഞ്ഞ സാധനം പാസ്പോർട്ട് എടുക്കലേ ആപ്ലിക്കേഷൻ കൊടുക്കലേ ആടോപ്പ് പോക്കി വേഗം വാങ്ങലേ ഓഫീസിൽ പോക്കിപ്പോലെന്ന് അജിന്റെ സുലോഖികളു ഏറാം കെട്ടി കൊടുത്താൽ അങ്ങനെ അങ്ങോട്ട് ദവാംഭിച്ചാലേ എന്തായിട്ടുള്ളൂ അജിന്റെ വസൂലായിട്ടുള്ളൂ അപ്പൊ ഇന്ത്യയിൽ തന്നെ എന്നാൽ തന്നെ സുലൂഖി ആയിട്ട് മക്കളെത്തിയതുകൊണ്ട് അജിക്കുള്ള أبوال إرادة لأهليه تبور ما يرميش مجال على مريد حقيقية. ندعو فطمم عزمه أبن عزمنا ونضاك شاكر يارفج من أول مرة تركضي تنى على التلزمي التل... <تصفيق> صحبة الشيخ. الشيخ إن صحبته للحزمات كام النم والتهكيم في نفسه ولا نفس الكامبلة حاكما كان جلما نزيخنا. ندعو <تصفيق> بعمل على معانكة الله بار. അഹ്വാൻച്ച ഭയാനകമായ രംഗങ്ങളെ ഭയാനകമായ രംഗങ്ങളെല്ലാം വാർവടച്ചു കൂട്ടാൻ വേണ്ടി തയ്യാറാകണം ഇല്ലെങ്കിലും പട്ടിണത്തെ കിട്ടുക അപ്പൊ പട്ടിണി ഉണ്ടാകും വിഷമങ്ങൾ ഉണ്ടാകും പ്രയാസങ്ങൾ ഒക്കെ തണു ചെയ്യാൻ അതിന്റെ മാനൊക്കെ ചെയ്യാൻ വേണ്ടി തയ്യാറാകണം അപ്പൊ തഹമൂനിൽ ഭാരങ്ങൾ വഹിക്കാനും അപ്പൊ മുഫാറക്കത്തിൽ ലഷ്കാൽ ഇവന്റെ ഒക്കെയുള്ള ജോയിന്റായ ആളുകൾക്കാണ് ലഷ്കാലെന്ന് പറയുന്നത് കൂട്ടും കുടുംബവും യൂനാജത്തിണങ്ങി അവരുടെ മുഫാറക്കത്ത് ചെയ്യാനും മഹത്തായ അഹ്ലാക്കയ്യാണ് ഇവിടെ കിട്ടുന്നില്ല കിട്ടുമ്പോൾ അത് ഉണ്ടാക്കി തീർക്കണം ഇവനോട് നെഫ്സിനോട് അങ്ങോട്ട് ത്യാഗം ഭരിച്ചിട്ട് അത് ഉണ്ടാക്കി തീർക്കാൻ അങ്ങനെ ചെയ്യുള്ളു വ മഹാറസത്തിൽ മശക്കത്തുകളെല്ലാം നല്ലോണം ഇടപഴകി ജീവിക്കാൻ തഹുൽ മസാഹബി റുക്കോബിൽ മസാഹബി നക്കൊരുങ്ങാൻ തയ്യാറുള്ള തയ്യാറെടുപ്പോട് കൂടി വന്ന ആരാടാണോ അവനാണ് ഇറാദത്തിന്റെ അഹലിത് കാമിലായ ആളും എന്ന് പറഞ്ഞു അപ്പൊ അങ്ങനെ ഒരുക്കുമ്പോ എന്നെന്താകും അന്നാം ദിവസം അനുഭവത്തിൽ ഓടിക്കേഷന് കൊടുത്തിട്ടുണ്ടോ അല്ലെ പോലെ ആൾക്കോമിയ കോമിയങ്കൊന്ന് ഒരു മെമ്പർഷിപ്പ് കിട്ടണമെന്ന് മാത്ര ഒരു മെമ്പറാരി ചോറെ ഉടുപ്പ് കൊണ്ടല്ല എന്താകണം തസ്യി വൽ ഇന്ന് നാമി ഫീസിൽ സവാധി ഓരണ്ണം വർദ്ധിപ്പിക്കേ ഓർ അക്കതിന്റെ കൂട്ടത്തില് കൂടുതൽ ഇവരെ ഷർത്തുകളൊന്നും ഉടലാദ്യമാവുന്ന അല്ല രോഹിക്കെന്താ വേണ്ടമായ ശരിക്കും പാലിക്കണം അതാ കുഞ്ഞുമാറാങ്കിജീഡല്ല ആ അത് പാലിക്കണം കൽപ്പിക്കപ്പെടണം ആ മുഹാരത്ത് തായ്ഫ നമ്മളീ തായ്ഫത്ത് പോയിട്ട് അടലം കിട്ടുന്ന അടലം പോയി കൂടിക്കോ െല്ലാം പണ്ട് കൂടിയാ എന്നിട്ട് വയ്യല്ല അഹമാലിയും ആ മഹാന്മാർ അഹമാലെല്ലാം ഒന്ന് കണ്ടുപഠിക്ക് വാ സീയം അവരുടെ ചരിത്രത്തിലേക്ക് നോക്ക് പയസിലേക്ക് മസലക്കഹും അവരെ മസലക്കിലേക്ക് സുലൂഖിന് തുടങ്ങാൻ പറയാം അഹലിമാരഹും അപ്പൊ അവർക്ക് എന്തിന് ഹരിയത്തിൽ കിട്ടിയോ ആ ഹരിക്ക് നൽകപ്പെടും അപ്പൊ ഇന്ന് അതേക്കായ മുരിതന്മാർ എത്ര പേരുണ്ട് ഞങ്ങള് പറയു മയാദമാണ് ഇപ്പൊ ഇത്ര പേരാണ് ഉള്ളത് വക്കോലുഹു മുസീപ്പ് പറഞ്ഞു കഥ കത്തുമെന്ന് പറഞ്ഞ ഈ തരീക്കിന് സുലൂക്ക് ചെയ്ത് തിരിച്ചു വരണമെന്നാണ് പറഞ്ഞു എന്നുവെച്ചാല് തൈറെല്ലാം പൂർത്തിയാക്കി ഹുസൂലും കയേണ്ടതാക്കാൻ നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ടാടങ്ങി കേട്ടണം അപ്പൊ അങ്ങനെ അങ്ങോട്ട് അങ്ങ് ഇങ്ങോട്ടും തറക്കിയും കഴിഞ്ഞു തതിലേം കഴിഞ്ഞു അപ്പൊ അവധി ഇല്ലാതുകൊണ്ട് സുലൂക്കും ചെയ്ത് ഗുസൂലി തന്നെ അവിടെ തന്നെ ഒരൊറ്റ കൂടുതൽ കൂടെ തനിച്ച മജുതൂമായി ഓരോന്നും പറ്റൂലെന്ന് പറഞ്ഞു അപ്പൊ സാധാരണ മജുതൂബിന്റെ ഒക്കുമായി അവലമു തന്നെ മജുതൂബായ ആളുകളുണ്ടാകും സുലൂക്കിന് ശേഷം മജുതൂബാലും ഉണ്ടാകും രണ്ടായാലും തനിച്ച ജതുബാണോ ഷേഹാൻ പറ്റൂല ഓരോ പിടിച്ചിട്ടെന്താ പുളിപ്പൊന്ന് കളിക്കുന്നുണ്ടാവും ഊബറും ഊബർ ഹാരിലൊക്കെ ഉണ്ടാവും വളപ്പുത്തിൽ ഹാരം അവർക്കുണ്ടാവുന്നില്ലേ അപ്പൊ ഏത് ഹാലാണോ അവർക്ക് പൊടികൂടിയും ചിലപ്പോ സുഹൃത്തിന്റെ ഹാൻ പൊടികൂടി ഇങ്ങനെ സുഹൃദീം കഴിഞ്ഞിട്ടുണ്ടാവും കച്ചവടക്കാരൻ വന്നപാടിനെ പൊടിയെ പൂട്ടിട്ട് വന്നു കടക്കു അത് അവർക്ക് എത്ര ദിവസം കഴിഞ്ഞു കൂടാൻ കഴിയും ഈ പൊടിയെ പൂട്ടിയിട്ട് സാധനം എല്ലാം വിറ്റ് ഈ വാക്കി പൊടിയെ കളിയാക്കി വന്നോ കാരണം ഊപ സുഹൃതാണ് അവയിപ്പിക്കുന്നത് ഈ അടിച്ചേപ്പിക്കാൻ മാത്രമായി അയാള് പറ അപ്പൊ ഹാല് കാലി പോയാൽ ഇവരെ ഹാലിൽ ഒരു ഇതിനെന്താക്കും പയക്കം നോക്കും വാങ്ങിക്കിട്ടാ താണ്ടാ തെറ്റിപ്പിരിയും ചെയ്യും ൻ വന്നൊരു മുരീദായിട്ട് ആരാ വന്നോ കളിപ്പുറത്തേക്ക് മുരീതായിട്ട് ആര് വന്നിപ്പോ അതാ ഞാൻ ചോദിച്ചത് ഇന്ന് നൂറോളം ആള് വന്നിടോ ഒരറ്റക്കുട്ടാൻ ഹീമാനോട് കൂടി വിളിക്കണം എനിക്കൊന്ന് പ്രസൂൽധാനം ആപത്ത് കിട്ടണമെന്ന് ഉദാഹരിപ്പിച്ചാളില്ല എല്ലാവർക്കും മക്കൾക്ക് വിസ കിട്ടണം വിസ പണി കിട്ടണം പണി കിട്ടിയാൽ പണി ഉറക്കണം ഉറച്ചാക്കി ശമ്പളം വർധന വന്നു ശമ്പള വർധന ഉള്ള സ്ഥാനക്കയറ്റം കിട്ടണം ഇതൊക്കെയാണ് എല്ലാവരും ഇന്തുവാ അതിനാവും മുരിതായിട്ട് വന്നാളാരാന്ന് മജാസിയായ മുരിതെങ്കിലായിട്ട് വന്നാളാരാന്ന് ഞാനുണ്ടോ മജാസിയാകാൻ പഠിച്ചു അഭീകാ മുരി കൊടുത്തോ എന്നിട്ട് ആ മൂപ്പറ പൊട്ടി വന്നിട്ട് എനിക്ക് വായിക്കൊടുക്കേണ്ടി അഷാറബിഹി സുലൂക്ക് തരീഖ് സുമ്മെന്ന് പറഞ്ഞൂഖ് അതെന്താക്കണം സുലൂഖിന്റെ തരീഖിലേക്ക് ശരി പ്രവേശിച്ചു സുമ്മിഹാറുബിന്റെ ജതുബിന്റെ ബഹിരൻ എന്താ ആഴത്തിൽ ചെന്ന് മുങ്ങി ജതുബിതെന്നർത്ഥമല്ല അള്ളാഹുബാധ മുക്കാശപ്പാടിന്റെ വാദം തുറന്നിട്ട് റബ്ബിന്റെ വക്കിനെ കൊടുക്കുന്ന സുലൂഖ് എന്ന് പറഞ്ഞാൽ അഗതിന്റെ വെക്കന്ന് അള്ളാഹ് സമർപ്പിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് എന്താ പറയില്ലേ അള്ളാഹിന്റെ വാക്കുകളിൽ അബദ്ധിനു കിട്ടുന്ന അൻവാദികളും മുവാചകത്വമാണ് എന്ന് പറയുന്നത് ജദുബു എന്ന് പറയുന്നു ജദുബു എന്ന് പറഞ്ഞ വിനാദില്ല അങ്ങനെ അത് കിട്ടിയിട്ടെന്താകണം സുമറജായി സുലോക്ക് വീണ് സുലോക്കിലേക്ക് തിരിച്ചു വരികളോ എന്നാ അർച്ചത് അപ്പം ആദ്യ സാലിക്കായി മജുദൂബായി പിന്നെ സുലോക്കിലേക്ക് തിരിച്ചു വന്നു അപ്പൊ പല അപ്പൊ എത്തിയത്തിന് പറ്റൂല അതിനാൽ സുമറജ പറയുന്നത് അവിടെ തന്നെ കൂടി അത് തനിച്ച മജുദൂബൻ്റെ ജ മുദ്രലക്കാരല്ലോ പലായ പറ്റൂലായെന്ന് പറഞ്ഞു പിന്നെന്ത് പറ്റുവോ ഓറ പോന്നിടത്തോളം എത്താൻ പോട്ടോ ഒക്കെ കൂച്ചുകൂട്ടാൻ പറ്റൂപ്പുറം പറയുന്നുണ്ട് അങ്ങനെ നമ്മാത്ത ആള് നമുക്ക് അജിനു പോണെങ്കിൽ നമ്മെല്ലാ ഇന്റെ സുലൂഖിന്റെ ആളാന്ന് പറയാം ഇടം വരെ പോകുന്നിടത്തോളം പോട്ട് പോയിക്കോട്ടെ നമുക്ക് എല്ലാവരും ഒന്നിച്ചു പോവുക പക്ഷെ എല്ലാവരും സുലൂഖി സുലൂഖിന്റെ അപ്പറയുടെ ജഥബാത് വയ്യാക്കനാമു സുലൂഖാണോ വയ്യാക്കൻ എസ്സൈനാണ് ജദബാത് ജഥബാത് ഏതാണ് മാമിന്നു ഇലൈക്ക മാമിക് ഇരയിച്ച സാരിക്ക് മഹാലയാൽ പറഞ്ഞ ചങ്ങായി മാറ ഇസ്മാലിയങ്ങളാകാന്നല്ലാതെ ഇതിന് പറ്റൂല ധർമ്മത്തിന് പറ്റൂല മജിദൂബും മഹാലായിപ്പോയി അയാളെയും പറ്റൂല ഈ മജിദുബ് മഹ്ലാ തണ്ടിയാതി ഉണ്ട് അതെന്തന്നെ സുലൂഖില്ലാതെ കണ്ടെന്നെ ജാഹുറന്നു കൊടുത്ത് അയാളെയും പറ്റൂല സൊലോക്കുനുശേഷം ജതുപോയിട്ട് അടുത്ത പൊടിക്കളഞ്ഞി ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞിട്ട് അയാളെയും പറ്റൂല പിന്നെ അത് പറ്റും വൈന്നമായ പറ്റുന്നത് മൻ തകന്ത് സുമുൽ ജതുബു പിന്നെ ജതുബ് അയാളെ പിടികൂടി അപ്പിക്കും സുമായി ആ ഊ തക്കത്തു ജതു അല്ലെങ്കിൽ ജതുബ് തക്കത്തുമായിട്ട് സുമ്മറീ സുരൂക്കി സ്വരൂക്കിലേക്ക് തിരിച്ചു വന്നു അങ്ങനെ ആരും പറ്റും ആ പറഞ്ഞു ഭർത്തുവരാത്ത കാലത്തോളം മുരീന്ദർ എന്തിരിക്കാൻ കഴിയൂലല്ലോ മുരീന്മാർ പറഞ്ഞോ അറിയുന്നില്ലല്ലോ ആരാ വന്നു അവരോട് എന്താ പറയേണ്ടി മൂബുറന്തോ ആരും ഉണ്ടാവും ഞാൻ പറഞ്ഞു കൊടുക്കൂ ഓർ ഇതാക്കാമിലുണ്ടാവും ഇവരോടൊന്നും ചേർന്നു അല്ല വന്ന എല്ലാം പൊരുത്തേക്കൊള്ളി അള്ളം താങ്ങനെല്ലാം പൊട്ടത്തേക്കൊള്ളി ഇപ്പൊ ചിലപ്പോ ഭക്രീർത്തനം പറയാനെനിക്ക് പതിനുണ്ടാക്കി അള്ളം താങ്ങനെ പുരുത്തേക്ക് വന്നു നോക്കി നിങ്ങൾക്ക് തരുന്ന വല്ലാതെ ഭക്തി കടവും കയറി വിഷമിച്ചിട്ടാ വന്നത് അല്ല എന്നോട് വിട്ടേക്കൊള്ളി ഓറു ജില്ല ആരെല്ലാം ഇവിടെ അടുപ്പിച്ച് അടുപ്പിച്ചാല് ഈവരെന്താതിരുവോ ോട്ട് ആ ആ പറച്ചൽ എന്നുള്ള തക്വിന്റെ പറച്ചിലോ എന്ത് പറച്ചിലാന്ന് അങ്ങനെ കാര്യം കൊറേ ചർത്തപ്പിക്കാനുണ്ട് എങ്ങനെയാ ദുഃഖ എന്ന് പറയുമ്പോ ഇൻഷാഗല്ലേ ഇൻഷാഎന്ന് പറയുമ്പോ തമക്കിന്റെ മക്കാമ് നിൽക്കുന്ന ആളെന്താക്കും പറ്റിയ മുരീദിനെ കെട്ടിക്കഴിഞ്ഞാൽ ഇൻഷാ വെക്കും ഇൻഷാകി ആ പറച്ചിലോടുകൂടെ അഹബാലൊക്കെ വാച്ചി എടുത്തിട്ടുണ്ട് പക്ഷെ അയാൾക്കാർ ഈ മുരീദിനൊക്കെ ഇട്ടിട്ട് ഇവിടെ ഇവൻ പറഞ്ഞ വല്ലഅവരും അക്കം വരൂ എന്നാണ് ആദ്യം സുലൂക്ക് സുമ്മ ജതിബ് എന്നിട്ടെന്താക്കണം സുലൂഖിലേക്ക് മടങ്ങൂണെ കൂട്ടണം ജതിബിൽ തന്നെ നിലനിന്നു തനിച്ച മജുതും പോകുമല്ലോ ആരാതന ഉണ്ടോ അത് ജതിബ് എന്ന് പറഞ്ഞ പിരാതിരാദ്യമുണ്ടാ അപ്പൊ ഇനി അല്ല ഇപ്പം അങ്ങനെ ഓർമ്മ ഞാൻ ഞാൻ പറഞ്ഞല്ല ജതുബിയിൽ ഏറ്റവും കൂടുതൽ മക്ക മഹത്വമുള്ളത് അമ്പളെ ജെതുബാകുന്നു പിന്നീട് സഹാബത്തിനാണെന്ന് പറഞ്ഞപ്പോ അതിന്റെ ചോദ്യം വന്നില്ല അപ്പൊ അമ്പിയാക്കളത്തെ ഗ്രാന്തന്മാർന്ന് എങ്ങനെ പറയുന്നു അയാം ചെറുളിക്കും പറഞ്ഞിരുന്നില്ല ജെബുന്ന് പറഞ്ഞ എന്താ ഹാൽക്കിന്റെയും ഹാലിക്കിന്റെയും രണ്ടുകാര്യം വന്ന ഹാലിക്കിന്റെ മുൻഗണന സഹാബത്താരാജി പറഞ്ഞുള്ളൂ ദുനാവിന്റെയും ഫാനിയും ബാക്കിയും കൂടെ വന്നു കഴിഞ്ഞാൽ ഫാനിനെ തള്ളി ബാക്കി കൊടുക്കുന്നു ഇവിടെ കച്ചവടങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമുണ്ടാവും അസറാ ഓർന്നുണ്ടാവും അസറത്ത് അതേമു ചാടി പ്രത്യേകമായി ഓഞ്ഞത് വന്നു അതിന് ജപ് ചെയ്തു ഈനാ മുൻകടന ഹൈറമ്മാക്കി നാടന്മാർ തന്നെ തന്നെ പാങ്കുണ്ട സമയത്ത് ചിന്ത ഇല്ല അതെ അതെ അതെ അറ്റായിട്ട് വന്ന അൻവാദ കാരണത്താലാണെങ്കിൽ ഓർക്ക് ജതി പിന്നംശണ്ട് ശരിയാണല്ലോ എല്ലാ ആരെയോ ബോധിപ്പിക്കാൻ ഞാൻ പറയുന്നത് ഇക്കാരക്കാരനാന്ന് കാണിക്കാൻ നഫ്സിന്റെ ആരാണോ ജെതുബല്ലേ ഉള്ളത് അങ്ങനെയാണ് എല്ലാ അപ്പം ഹാരിയായ രംഗത്തും അപ്പൊ അതിന്റെ സിറും അലാനിയത്തും ഒരുപോലെ ആരും ഇല്ലാത്ത രംഗത്തും വാങ്ങിയൊക്കെ മിജാപുത്തി വരിക ആ അങ്ങനെ നമുക്ക് ജെതിബ് ഉണ്ടെന്ന് ഊരിക്കാം അംശം ഉണ്ട് ഊരിക്കാം തീരുമാനിക്കാനായിട്ടില്ല കാരണം നബ്സവാദിപ്പുണ്ടോ ആ കൂട്ടത്തിൽ കൂടുമ്പോ ചിലപ്പോ ഈ ആളെ കൂട്ടത്തിനുള്ള പേരെടുക്കലായിരിക്കും ചിലപ്പോ ഉദ്ദേശം ഉണ്ടാവില്ല അപ്പൊ അബ്ബലാണ് അക്കബലെന്ന് പറഞ്ഞത്